ശരണാഗതി തത്വജ്ഞാനത്തിന്റെ ഒരു പൂർവാംഗമാണ് ശരണാഗതി ഉണ്ടായാൽ തത്വജ്ഞാനം ഉണ്ടാകും ശരണാഗതി ഉണ്ടായാൽ ഭക്തി ഉണ്ടാകും എപ്പോ ഭഗവാന് ശരണാഗതി ചെയ്യുന്നു ആത്മനിവേദനം എന്നു പേര് ശരണാഗതിക്ക് ഒമ്പത് വിധത്തിലുള്ള ഭക്തി ഭാഗവതം പറഞ്ഞപ്പോഴും അതിൽ ആത്മനിവേദനമാണ് അങ്കി ബാക്കിയുള്ളതൊക്കെ അംഗം ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം ബന്ധനം ദാസ്യം സഖ്യം ഈ എട്ടണവും അംഗങ്ങളാണ് ആത്മനിവേദനം എന്നുള്ളത് അങ്കിയാണ് അത് ഹൃദയമാണ് ബാക്കിയൊക്കെ അംശമാണ് അപ്പോ എപ്പോ പ്രപത്തി പ്രപത്തി എന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ അതെപ്പോ അത് സംഭവിക്കണം അത് ചെയ്യാൻ പറ്റില്ല ശരണാഗതി എന്നുള്ളത് ചെയ്യുന്നതല്ല ഇറ്റ് ഹാസ് ടു ഹാപ്പൻ അവിടെ ഇത് എവിടെ സംഭവിക്കും ഇവിടെ ഇപ്പോ ഭഗവാനെ ഉദ്ധവരും സദ്ഗുരുവായി കണ്ടുകൊണ്ടാണ് ശരണാഗതി ചെയ്യുന്നത് അതായത് ഒരു ഗുരുവിന് വേണ്ട ലക്ഷണങ്ങളെല്ലാം ഇന്നലെ നമ്മൾ പറഞ്ഞുവല്ലോ ജ്ഞാനിയായിരിക്കണം അനുഭവസമ്പന്നനായിരിക്കണം ബ്രഹ്മനിഷ്ഠനായിരിക്കണം പരമവിരക്തനായിരിക്കണം കാരണം കൂടാതെ കൃപ ചൊറിയുന്നവനായിരിക്കണം ഈ ജീവനെ കൈപിടിച്ച് സത്യദർശനത്തിന്റെ പടവുകൾ കയറ്റാൻ പക്വമുള്ള ആളായി ബലമുള്ള ആളായിരിക്കണം അങ്ങനെയുള്ള ഗുരുവാണെങ്കിൽ ഗുരുവാണെങ്കിൽ മാത്രം പോരാം ഈ ശിഷ്യനോ പരമവിരക്തനായിരിക്കണം ലോകത്തിൽ സർവത്ര അനിത്യത്വവും മൃത്യുവും കണ്ട് എല്ലാം നശിച്ചു പോകുന്നു എന്നുള്ളത് കണ്ട് ഭയന്ന് ശാശ്വതമായി ഒരു പ്രാപ്യസ്ഥാനം ഉണ്ട് എന്ന് ശാസ്ത്രത്തിൽ നിന്ന് ആപാദത അറിഞ്ഞിട്ട് ആ ശാശ്വതമായ വസ്തുവിനെ ഉപദേശിക്കാൻ തക്കവണ്ണം കെൽപ്പുള്ള ദേശികനെ മുമ്പിൽ എത്തുമ്പോ തന്നെ ശരണാഗതി ആയിട്ട് ഉണ്ടാവും ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് നിങ്ങൾ ശരണാഗതി ചെയ്യൂ എന്ന് ഗുരു പറഞ്ഞാൽ അവൻ ഗുരുവേ അല്ല നിന്നെ ഞാൻ ശിഷ്യനായിട്ട് നിന്നെ സ്വീകരിക്കാം എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അവൻ ഗുരുവേ അല്ല എന്തോ കാര്യം നടത്താനുണ്ടോ എന്നർത്ഥം അപ്പോ ഈ ശരണാഗതി ഉണ്ടാവുന്ന സമയത്ത് ഗുരുവിന്റെ ഹൃദയത്തിൽ നിന്നും ഉപദേശം നാച്ചുറൽ ആയിട്ടുണ്ടാവും വാസ്തവത്തിൽ ശരണാഗതി ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ ഒരു കല്ല് പോലും നമുക്ക് ഉപദേശിക്കും അതിനൊരു ഗുരു വേണമെന്ന് പോലുമില്ല നമ്മൾ ശരണാഗതി ചെയ്യുന്ന പക്വതയുള്ള ഒരു ശിഷ്യനാണെങ്കിൽ പ്രപത്തി ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു കല്ല് പോലും തത്വോപദേശം ചെയ്യും എവിടുന്ന് വേണമെങ്കിലും ഇറ്റ് കാൻ ഓപ്പൺ സീക്രട്ട് അതിനു മുമ്പിൽ അടങ്ങിക്കൊടുക്കണം അത്രയേ ഉള്ളൂ അടങ്ങാൻ തയ്യാറാണെങ്കിൽ പ്രപഞ്ചത്തിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഗുരുവായിട്ട് തീരാം എവിടുന്ന് വേണമെങ്കിലും നമുക്ക് തത്വോപദേശം ഉണ്ടാകാം ജ്ഞാനപ്രാപ്തി ഉണ്ടാകാം ഇവിടെ ഉദ്ധവന് ഭഗവാന്റെ മുമ്പിൽ ശരണാഗതി ചെയ്തുകൊണ്ട് അവിടുന്നല്ലാതെ വേറെ ആരെയും ഞാൻ കാണുന്നില്ല അനാദികാലമായി അവിദ്യയിൽ കുടുങ്ങിയിരിക്കുന്നു അനാദ്യ അവിദ്യോപഹതാത്മസംവിധ തന്മൂല സംസാര പരിശ്രമാതുരാ യദൃശയേഹോപൃത യമാനുയു വിമുക്തിദോന പരമോ ഗുരുർഭവാൻ മത്യാവതാര സ്തുതി എട്ടാമത്തെ സ്കന്ധത്തിൽ ഭാഗവതത്തിൽ സത്യവ്രതൻ എന്ന രാജാവ് ഭഗവാനോട് പറയുന്നു ഭഗവാനെ ഈ അവിദ്യ എന്ന് തുടങ്ങിയെന്ന് പറയാൻ വയ്യ അനാദി ആ ബിഗിനിംഗ്ലെസ് ആദിയില്ലാത്തതായ അവിദ്യ ഇഗ്നറൻസ് അതിൽ പെട്ട് വാസ്തവമല്ലാത്തതിനെയൊക്കെ ഞാൻ വാസ്തവം എന്ന് ധരിച്ചിരിക്കും ഈ ശരീരത്തിനെ ഞാൻ എന്ന് ധരിച്ചിരിക്കുന്നു ഞാൻ ബ്രാഹ്മണൻ എന്ന് ധരിച്ചിരിക്കുന്നു ഞാൻ സ്ത്രീ എന്ന് ധരിച്ചിരിക്കും പുരുഷൻ എന്ന് ധരിച്ചിരിക്കും ജാതി വർണ്ണം ആശ്രമം അല്ലെങ്കിൽ അവരവർ ചെയ്യുന്ന പ്രൊഫഷൻ സ്ഥാനമാനങ്ങൾ ഏതിന്റെയൊക്കെയോ കയറ്റിവെച്ച് അതിലൊക്കെ ഒരു അഭിമാനം വന്നു ചേർന്നിരിക്കുന്നു ആ അഭിമാനം വന്നതുകൊണ്ട് എന്താ ദൂഷ്യം വാസ്തവത്തിൽ ഞാൻ ആരാണോ വാസ്തവത്തിൽ എന്റെ യഥാർത്ഥ സ്വരൂപം എന്താണോ അതെനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കണോ ഭഗവാനെ ഉപഹത ആത്മസംവിധ ആത്മസംവി ആത്മാനുഭൂതി നഷ്ടപ്പെട്ടു പോയിരിക്കും ആത്മാനുഭൂതി ഭൂതി നഷ്ടപ്പെട്ടതുകൊണ്ട് എന്താ കുഴപ്പം തന്മൂല സംസാര പരിശ്രമ ആതുരാ ഈ സംസാരത്തിലും കുടുംബജീവിതത്തിലും ലോകത്തിലും പരിശ്രമം പരിശ്രമം പരിശ്രമം അജ്ഞാനം കൊണ്ട് ലോകകാര്യങ്ങൾ മുഴുവൻ എന്റെ തലയിലാണെന്നും ഞാനാണ് എല്ലാം ചെയ്തു തീർക്കേണ്ടതും എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഫീലിംഗ് ഫോൾസ് റെസ്പോൺസിബിലിറ്റി ഫീലിംഗ് നമ്മുടെ മഹർഷി ഇതിന് പറയണത് ട്രെയിനിലിരിക്കണ ഒരാൾ വലിയൊരു സൂട്ട് കേസ് തന്റെ തലയിൽ വെച്ചുകൊണ്ടിരിക്കണമെന്നാണ് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് മൂന്ന് ത്രീ ടയർ പോലുമില്ല ടു ടയറെ ഉള്ളൂ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് അതിനകത്ത് വലിയ പെട്ടി തലയിൽ വെച്ചുകൊണ്ടിരിക്കണം എന്താഹ് ചവിട്ടിൽ വെച്ചിട്ട് ഇരുന്നൂടെ സൗഖ്യമായിട്ട് സുഖമായിട്ട് ഇരുന്നൂടെ എന്ന് വെച്ചാൽ അദ്ദേഹം പറയണത് പാവം ഈ ട്രെയിൻ ഇത്രയൊക്കെ ചുമക്കണം എന്റെ പെട്ടി ഞാൻ ചുമന്നോളാം പെട്ടി തലയിൽ വെച്ചാലും ചവട്ടൽ വെച്ചാലും ട്രെയിനാണ് ചുമക്കാൻ മണക്ക് പക്ഷെ അജ്ഞാനം കൊണ്ട് ഞാൻ ചുമന്നോളാം അതുപോലെ ജഗത്തിൽ സകല കാര്യങ്ങളും സകല ചലനങ്ങളും ഒരു സർവേശ്വര ശക്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോ അജ്ഞാനം കൊണ്ട് ഈ അഹങ്കാരം എന്ത് പറയണോ എന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ഞാനില്ലെങ്കിൽ ആരു നോക്കും ഗൃഹസ്ഥന്മാർക്ക് ഈ അവിദ്യ വളരെ പ്രബലമാണ് ഞാനില്ലെങ്കിൽ ആര് നോക്കും ഈ വീടും കുടുംബവും നിങ്ങൾക്ക് പറയണമൊക്കെ എളുപ്പത്തിൽ പറയാം അതിനൊരു സ്വാമി പറഞ്ഞു ഒരു ഗൃഹസ്ഥനോട് പറഞ്ഞു എത്ര നിനക്ക് ഈ അവിദ്യ തോന്നുമ്പോ ഞാനില്ലെങ്കിൽ കുടുംബം ആര് നോക്കും തോന്നുമ്പോ ഒരു കാര്യം ചെയ്യാം ഒരു ദിവസം ആരോടും പറയാതെ ഇറങ്ങി പോവുക എവിടേക്ക് പോയി അഡ്രസ്സേ കൊടുക്കാൻ പറ്റ ഒരു മൂന്ന് നാല് മാസം എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കുക അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരൂ വീട്ടില് അപ്പൊ നോക്കിയാ ഒരു കാര്യം മനസ്സിലാവും മുമ്പേത്തെ കാളും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണം അവരാദ്യം ഒരു പത്ത് ദിവസം തിരയുകയോ കരയുകയോ ഒക്കെ ചെയ്യും അത് കഴിഞ്ഞാലും പിന്നെ മനസ്സിലാവും അപ്പോ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളാണോ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളില്ലെങ്കിൽ കാര്യം കുറച്ചുകൂടണം ഇവിടെ നോബഡി ഈസ് ഇൻറിസ്പെൻസിബിൾ കാര്യങ്ങളൊക്കെ നടക്കണു പക്ഷെ ഈ അവിദ്യ എന്ത് പറയണു ഞാൻ കർത്ത ഞാൻ ദോക്ത ഞാനാണോ എല്ലാം ചെയ്യണത് ഞാനാണ് എല്ലാം അനുഭവിക്കുന്നത് ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല ഞാൻ നല്ലത് ചെയ്തു ഞാൻ ചീത്ത ചെയ്തു രണ്ടിലും ഈ അഹങ്കാരം ഒരേപോലെ ഒട്ടിപ്പിടിക്കും നല്ലത് ചെയ്താൽ അതിൽ ഞാൻ നല്ലവനാണെന്ന് ഒട്ടിപ്പിടിക്കും ഗൗരവത്തോടുകൂടെ നടക്കും ചീത്ത ചെയ്താൽ ഉള്ളിൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ ചീത്ത ചെയ്തു രണ്ടും ഒരേപോലെ അവിദ്യ ഇവിടെ നല്ലതും ഇല്ല ചീത്തയും ഇല്ല ന പാപം കർത്തൃത്വമേ ഇല്ല ഒന്നും ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമേ നമുക്ക് നമുക്കില്ല നർത്തൃത്വം ന ച കർമാണി ലോകശേസ് പ്രഭു ന കർമ്മഫല സംയോഗം പിന്നെ ഓരോന്ന് നമ്മൾ ചെയ്യണതോ സ്വഭാവസ്തുപ്രവർത്തതേ ഭഗവാൻ പറഞ്ഞു പ്രകൃതി നിങ്ങളിലൂടെ പ്രവർത്തിക്കണമോ അത്രയേ ഉള്ളൂ അജ്ഞാനം കൊണ്ട് ഇത് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കാണ് പ്രകൃതി നിങ്ങളിലൂടെ പ്രവർത്തിക്കണം നാദത്തെ കസ്ചിത് പാപം നജൈവ സുഹൃതം വിഭുഹു ഭഗവാൻ ആർക്കും പാപവും പുണ്യവും ഒട്ടിച്ചു വെച്ചു കൊടുക്കണില്ലേ അത്ര തന്നെ പറയുന്നു പിന്നെ എന്താ പാപി പുണ്യവാൻ എന്നൊക്കെ തോന്നാ അജ്ഞാനേനാമൃതം ജ്ഞാനം തേന മുഹ്യന്തി നിങ്ങളൊക്കെ ജന്തുക്കളായി ദുഃഖിക്കാൻ കാരണം അജ്ഞാനം അജ്ഞാനം സ്വരൂപജ്ഞാനത്തിനെ മറച്ച് ഞാൻ കർത്താവാണ് ഭോക്താവാണ് പുണ്യവാനാണ് പാപിയാണെന്ന് തോന്നി പുണ്യകർമ്മങ്ങൾക്കൊക്കെ പുണ്യചുമതല ഏറ്റെടുത്ത് പാപകർമ്മങ്ങൾക്കൊക്കെ പാപചുമതല ഏറ്റെടുത്ത് ചുമടുതൂക്ക് തന്നെ ജോലി ജീവിതം മുഴുവൻ ഉലകിനെ തലയിൽ പറ്റിയാൻ പെട്ടത് പോതും രമണ മഹർഷി അരുണാചല ശിവനോട് പാടി ഭഗവാനെ ഇത്ര ജന്മത്തിൽ ഈ ഉലകിനെ ഈ ലോകത്തിനെ എന്റെ തലയിൽ വഹിച്ച് വഹിച്ച് ഞാൻ അനുഭവിച്ചതൊക്കെ മതിയെന്നാണ് ഇനി ചുമടെടുക്കാൻ വയ്യ ഉലകിനെ തലയിൽ പറ്റിയാൻ പെറ്റത് പോതും അഹങ്കാരം അജ്ഞാനം മൂലം ഞാൻ കർത്താവാണ് ഭോക്താവാണ് പുണ്യവാനാണ് പാപിയാണ് നല്ല നല്ല ആളാണ് ചീത്തയാളാണ് എന്തൊക്കെ തോന്നല് ഇതിന് മുഴുവൻ മൂലകാരണം എന്താ അഹങ്കാരം ആതുരാഹ അവിടെ സത്യവ്രതൻ പറയുന്നു വ്യാധി അഹങ്കാരമാവുന്ന വ്യാധി ആ വ്യാധി കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവൻ ജീവൻ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു അഹങ്കാരമാവുന്ന ഭൂതം ആവേശിച്ചിട്ട് ഇവനെ എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു ഇപ്പൊ ഈ ഭൂതത്തിന് ഉച്ചാടനം ചെയ്യണം ആരുച്ഛാടനം ചെയ്യും സദ്ഗുരുവാവുന്ന മാന്ത്രികൻ സദ്ഗുരു ആരാ ഒരു മനുഷ്യനല്ല ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ നമ്മളുടെ മുമ്പിൽ നമുക്ക് തത്വോപദേശം ചെയ്യുന്നു അജ്ഞാനം കൊണ്ട് നമ്മൾ ഒരു മനുഷ്യനിൽ ആ ഗുരുത്വം ആരോപിക്കുന്നു ഇവിടെ അഷ്ടമസ്കന്ധത്തിൽ പറഞ്ഞു ഭഗവാനെ അവിടുന്ന് ഏതെങ്കിലും രൂപത്തിൽ എന്റെ മുമ്പിൽ വന്ന് എതിർച്ചയേ ഹോ ഉപസൃത മുമ്പിൽ ആവിർഭവിച്ച് ഞാൻ മറന്നുപോയിട്ടുള്ള എന്റെ സ്വരൂപത്തിനെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ മറന്നു കളഞ്ഞിട്ടുള്ള എന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ വസ്തുവാണ് ഞാനെന്നും ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ഞാനല്ല എന്നും ഉള്ള ബോധത്തിനെ അവിടുന്ന് എനിക്ക് അകമേക്ക് ഉണർത്തി തരുന്നു വിമുക്തിദോന പരമോ ഗുരു ഭവാൻ മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും ജനനം അറ്റീടുമെന്നവനു നാരായണായനമാ മുക്തിക്ക് തക്കൊരു ഉപദേശം മുക്തിക്ക് വേറൊന്നും വേണ്ട അത്രേ തുഞ്ചി തഴുത്തച്ഛൻ പറയണത് ഈ ഭാഗവതത്തിന് പ്രമാണം വെച്ചുകൊണ്ടാണ് മുക്തിക്ക് വേറൊന്നും വേണ്ട സാധനം വേണ്ട തപസ്സ് വേണ്ട പ്രാണായാമം വേണ്ട ഒന്നും വേണ്ട സാധനയും തപസും പ്രാണായാമവും ജപവും ഭജനയും ഒക്കെ എന്ത് ചെയ്യുന്നു ഈ ജീവനെ പക്വപ്പെടുത്തുന്നു ഇപ്പൊ ഒരു കാറിൽ നിങ്ങൾ വന്നു കാർ എന്ത് ചെയ്തു ഇതുവരെ കൊണ്ടാക്കി അവിടുന്ന് ഇങ്ങോട്ട് നടന്നുള്ളിലേക്ക് വരും അതുപോലെ ബാക്കി സാധനകൾ ഭജനയൊക്കെ നമുക്കൊരു ഉപദേശത്തിന് ശ്രവണം ചെയ്യാനുള്ള പക്വത തരുന്നു പക്വമായാലോ മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും ഉപദേശം നൽകുന്നേ പറഞ്ഞോളൂ ഇയാൾ കേട്ടുവോ കേട്ടില്ലോ ആ ഉപദേശം തന്നെ അവനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ജനനമറ്റിയിടമെന്നവനു നാരായണായ നമ്മ പിന്നെ അവന് ജനനം മരണം എന്നുള്ള ചക്രത്തിൽ കയറിയുള്ള ഈ ശുചി തിരിച്ചലേ ഇല്ല അതുവരെ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനീ ജേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാഹിമുരാരെ അല്ലേ ജയന് വലിയ ചക്രം വെച്ച് ചുറ്റും പഴയ കാലത്തൊക്കെ കൈ കൊണ്ട് തള്ളിവിടലായിരുന്നു ഇപ്പൊ മെഷീൻ കൊണ്ടുള്ള ചക്രമാണ് ആ ചക്രത്തിന്റെ മേലെ നിങ്ങൾ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഉദാഹരണം പറയാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കയറി നോക്കിയിട്ടുണ്ട് അതിന്റെ മുകളില് ബാക്കിയുള്ളവര് കയറുമ്പോ നമുക്ക് നല്ല സുഖമായിരിക്കും ദൂരത്തുനിന്ന് കാണാനായിട്ട് അത്യധിക അപകടമായിട്ട് ഏകദേശം നീ മൂത്തിരിക്കുമ്പോ നമുക്ക് തോന്നും അതിന്റെ മേലെ കയറണം അതെങ്ങനെ കയറും വെറുതെ ഒന്നും അയാളും കയറ്റില്ല നമ്മൾ പണം കൊടുത്ത് നമ്മളായിട്ട് അതിൽ കയറിയിരിക്കും കയറിയിരുന്ന് മേലെ എത്തുമ്പോ എറണാകുളം മുതൽ സമുദ്രം വരെ എല്ലാം കാണാം അവിടുന്ന് ഇട്ടിട്ട് ഒരു മറി മറിക്കും അത് ഞാനേ ആകെപ്പാട വേറെ കലങ്ങിയിട്ടിരിക്കും അടുത്തിരിക്കുന്ന ആള് പറഞ്ഞു നല്ലവണ്ണം പിടിച്ചോളൂ ഇന്നലെയാ ഒരാൾ വീണതെന്നാണ് ഇതാണ് സംസാരം അതായത് അതിങ്ങനെ ചുറ്റിക്കും ചുറ്റിയിട്ട് അടുത്ത് പതുക്കെങ്ങനെ അടുത്ത ആ ചുറ്റിക്കണമെൻ്റെ അടുത്ത് ഒന്ന് ഒന്ന് ഇറക്കി വിടാന്ന് ആ പണം കഴിഞ്ഞാലേ ഇറക്കി വിടുള്ളൂ അത്ര ആ പണം കൊടുത്ത പണത്തിന് ഇത്ര ചുറ്റുള്ള ചുറ്റിക്കണമെന്നുണ്ട് ആ കോട്ടാ കഴിഞ്ഞാലേ ഇറക്കി വിടുള്ളൂ എന്താ പണം നമ്മൾ ചെയ്ത ആരംഭ കർമ്മം കർമ്മത്തിന്റെ ആഫ്റ്റർ എഫക്ട് അത് മുഴുവൻ അനുഭവിച്ചിട്ടേ ഇറക്കി വിടുള്ളൂ ഇതൊക്കെ ഇവിടാൻ പറഞ്ഞാലും അയാളെ ചെയ്യില്ല അത് കീഴ്മേലിട്ട് മറിക്കും അപ്പൊ ഇങ്ങനെ ഈ പുനരഭിജനനം ഇതിന്റെ ഇടയിൽ ചുറ്റുമ്പോ ഈ അടുത്തിരുന്ന് ഉപദേശിക്കണവനായ സമൂഹത്തിലെ പല ആളുകളും അവരെന്ത് പറയും പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തും നമ്മളെ പേടിച്ചിട്ടിരിക്കണം അതിന്റെ ഇടയിൽ നമ്മളെ പല കാര്യങ്ങളും നമ്മളെ ഒരു വിധത്തിൽ ശരിയാവണമെന്ന് വിചാരിച്ചാലും ശരിയാവില്ല നമ്മളെ പലതും പറഞ്ഞിട്ട് അവരുടെ ഒരു ചെലവുമില്ലാതെ ഈ ലോകത്തിൽ കിട്ടുന്ന കാര്യവും ഉപദേശമാണ് ഒന്നും കൊടുക്കണ്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ ആകപ്പാടൊക്കെ ഉഴപ്പി വിഷമസിലാക്കിവിടും ഈ ചക്രത്തിൽ നിന്ന് എപ്പോ പുറത്തുവരും എതിർച്ചയേഹോ ഉപസൃതായമാപ്നുയുഹോ മുക്തിക്കുതക്കൊരു ഉപദേശം നൽകും ജനനമറ്റീടു വന്നവനു ഈ ചക്രത്തിൽ കിടന്ന് ചുറ്റുമ്പോ ഈ അകമേക്കുള്ള ഈ ചലനം ഈ ചക്രം എന്താ മനസ്സ് തന്നെ ചക്രം വേറൊരു ചക്രവുമില്ല മനോനാമ മഹായന്ത്രം മനസ്സാവുന്ന വലിയ യന്ത്രം ആ യന്ത്രം നിശ്ചലമാവണമെങ്കിൽ തത്വോപദേശം ഉള്ളിൽ പ്രവേശിക്കണം ഗുരുകൃപുള്ളിൽ പ്രവേശിക്കണം ജ്ഞാനോപദേശം ഉള്ളിൽ പ്രവേശിച്ചാൽ ഈ ചക്രം ചുറ്റണത്ത് നിൽക്കും അതുവരെ ചക്രം ചുമട്ടൽ തന്നെ അത് ചുറ്റിക്കൊണ്ടേക്കും അതിനെ അവസാനമേയില്ല ചക്രം ചുറ്റിക്കൊണ്ടേയിരിക്കും അപ്പൊ സദ്ഗുരുവായിട്ട് ഭഗവാൻ മുമ്പിൽ വരുമ്പോ യതിച്ഛയാ സത്യവ്രതൻ പറയണത് പ്രതീക്ഷിക്കാതെ ഭഗവാൻ നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിലൊന്നും വല്ലാതാണ് ഏതോ രൂപത്തിൽ വന്ന് നമ്മൾ പിടിച്ച് കരകട്ടെ നമ്മളുടെ വശത്തുനിന്ന് ഒരേ ഒരു കാര്യമേ വേണ്ടൂ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഭഗവാനേ മതി മതി മതി ത്രാഹിമാം പാഹിമാം നമ്മളുടെ എല്ലാ കീർത്തനങ്ങളും എടുത്തു നോക്ക് ഈ രണ്ട് ലൈന് ഉണ്ടാവുള്ളൂ ത്രാഹിമാം പാഹിമാം സംസ്കൃതം ഒന്നും അറിയണമൊന്നുമില്ല പാട്ട് എഴുതണമെങ്കിൽ പാഹിമാം പാലയമാം ത്രാഹിമാം കൃഷ്ണ രാമ ഗോവിന്ദ എന്തെങ്കിലും അത്രയും മതി രക്ഷ രക്ഷ ശങ്കരാചാര്യസ്വാമികളെ ചന്ദ്രചൂഡാഷ്ടകം എന്ന് പറഞ്ഞു ഒന്ന് എഴുതി അതിലൊന്നുമില്ല കുറെ ഭഗവാന്റെ നാമം എന്നിട്ട് ഭഗവാനെ എന്നെ രക്ഷിക്കൂ എന്ന് പറയാം ഹേ ചന്ദ്രചൂഡ मदनाकशलपाणे स्थो गिरिजेश महेश शंभो शंभ भूतेश भीतभयसूदन मम अनाथ संसार दुख जगदीश रक्ष हे चंद्रचूडमदनातकूलपाणे स्थाणो गिरीश गिरिजेश महेश शंभो भूतेश भीदमयसूदन मनाथ संसार दुख गहना पिभाषिषं नी संसार गहन संसार दुख तो भगवाने रक्षिकू रू आ रक्षू रक्ष भगवा ऐं रूप आविर्भव पक्षे ई रक्ष दाहम नम अमीन रक्ष पड़ी രാമകൃഷ്ണ പരമഹംസർ ഒരു കഥ പറയും അത് മഹാഭാരതത്തിൽ ഭീഷ്മത് പറയുന്ന കഥയാണ് ഒരു കുളത്തിൽ ധാരാളം മത്സ്യങ്ങളുണ്ട് മൂന്ന് വലിയ മീനുകളുണ്ട് ദീർഘസൂത്രി ഒരു മീനും ബാക്കി രണ്ട് മീനിന്റെ പേരും ഓർമ്മയില്ല മൂന്ന് മീനുകളുടെ കഥ പറയും ഭീഷ്മത് ആ കുളത്തിന്റെ വക്കൂടെ രണ്ട് മുക്കുവന്മാര് പോകുന്നു അവർ പറഞ്ഞു നോക്കണ നല്ല വലിയ മീനും മത്സ്യം നമുക്ക് നാളെ വന്ന് പിടിക്കാം എന്ന് പറഞ്ഞു ഇത് ഒരു മത്സ്യം കേട്ടു മറ്റു രണ്ട് മത്സ്യങ്ങളോട് പറഞ്ഞു നമുക്ക് ഇപ്പൊ തന്നെ അടുത്തുള്ള പാടത്തിലേക്ക് ചാടി രക്ഷപ്പെടണം അല്ലെങ്കിൽ നാളെ ഇവർ നമ്മളെ പിടിക്കും വല വെച്ച് പിടിക്കും അതിനു രക്ഷപ്പെടണം എന്ന് പറഞ്ഞു ഒരുമീന് പറഞ്ഞു അങ്ങനെയൊന്നും ആരും ഒന്നും നമ്മൾ അതൊക്കെ വെറുതെയാണ് പറഞ്ഞ ഇത് ദീർഘസൂത്രി താമസൻ മഹാതാമസനാണ് വേറെ ഒരാൾ രണ്ടാമത്തെ മീന് പറഞ്ഞു അങ്ങനെ വലയിട്ട് പിടിച്ചാൽ ഞാൻ അപ്പ ചാടിക്കോളാം എന്ന് പറഞ്ഞു ആദ്യത്തെ മത്സ്യം പറഞ്ഞു ഞാൻ റിസ്ക് എടുക്കാനൊന്നുമില്ല ഇപ്പൊ തന്നെ ചാടി എന്ന് പറഞ്ഞു ഒരു മത്സ്യം അപ്പൊ തന്നെ പാടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടു അടുത്ത ദിവസം ഇവർ വലവീശി വലവീശിയപ്പോ മറ്റു രണ്ട് മത്സ്യങ്ങളും കുടുങ്ങി പക്ഷെ രണ്ടാമത്തെ മത്സ്യം കുടുങ്ങിയപ്പോ തന്നെ പെടഞ്ഞു ചാടി രക്ഷപ്പെട്ടു മൂന്നാമത്തെ മത്സ്യം വലയിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു അത്ര വല വലിച്ച് എടുത്തപ്പോഴാണ് ശ്വാസം മുട്ടാൻ തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് മനുഷ്യരിലും ഇങ്ങനെ മൂന്ന് പേരുണ്ട് നിത്യബദ്ധൻ നിത്യമുക്തൻ മുമുക്ഷുവായി മുക്തനാവുന്നു ആദ്യമേ ബന്ധത്തിൽ കുടുങ്ങാതെ ചാടിപ്പോകുന്നവനാണ് നിത്യമുക്തൻ ബന്ധത്തിൽ കുടുങ്ങുന്ന സമയം അറിഞ്ഞു പുറത്തേക്ക് ചാടുന്നവനാണ് രണ്ടാമത്തെ കാറ്റഗറി നിത്യബദ്ധനായിട്ടുള്ള ആളുണ്ട് ഇവിടെ ഒന്നും ഒന്നും സംഭവിക്കില്ലേ അപ്പൊ എന്ത് സംഭവിക്കാനാ അങ്ങനെ ഇരിക്കും മരണം വരെ ഇരിക്കും യമപാഠാന്മാര് മുമ്പിൽ വരും യമഭടന്മാര് നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ യമഭടന്മാര് ശങ്കരാചാര്യ സ്വാമികൾ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതിഭീഷണ കടുഭാഷണ യമകിങ്കരപടലീ കൃത താടന മരണാഗമ സമയ ഉമയാസഹ മമചേതസി യമശാസന നിവസൻ ഹരശങ്കര ശിവശങ്കര ഹരമേ ഹരദുരിതം അവസാന കാലത്തിൽ ഭഗവാനെ മരിക്കുന്ന സമയത്ത് ഇവരൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുമല്ലോ ഇവരാര നമ്മളുടെ രോഗം നമ്മളുടെ പ്രാരബ്ധവാസന അവരൊക്കെ തന്നെ യമഭടന്മാർ ഭയങ്കര രൂപത്തില് വ്യാധിയായിട്ടും അനേക വിഷമങ്ങളായിട്ടും മുമ്പിൽ വന്ന് നിൽക്കുമ്പോ അപ്പൊ ഭഗവത് സ്മരണമൊന്നും ഉണ്ടാവില്ല പിന്നെ എന്ത് തോന്നുന്നു വെച്ചാ ദയിതാ മമ ഗുഹിതാ മമ ജനനീമ ജനകോ മമ കൽപ്പിത മതിസന്തതി മരുഭൂമിഷു ഭാര്യ എന്റെ കുട്ടികള് എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ ബാങ്ക് ഡെപ്പോസിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും അത്ര അപ്പോ വന്ന് കയറിട്ട് വലിക്കുമ്പോ ഈ വാസനകൾ അവിടെ ചെന്ന് ഭഗവാനെ അങ്ങെ ഞാൻ സ്മരിക്കില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ പ്രാർത്ഥിച്ചു വെക്കുകയാണ് എന്റെ മുമ്പിൽ വരണം ശരീരത്തിൽ ആരോഗ്യമുള്ളപ്പോ ഭഗവത് ധ്യാനം ചെയ്ത് ഭഗവത് സാക്ഷാത്കാരം നേടണം ഏ വയസ് കാലത്തായിക്കോളെന്ന് വെച്ചാൽ സന്ദീപ്തേ ഭവനേ തു കൂപ്പകനം വീട് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരാൾ കടപ്പാറയിൽ കൊണ്ട് പുറകോട്ട് പോവാത്ത എന്തിനാന്ന് വെച്ചാൽ കിണർ കുഴിക്കാമെന്ന് വെള്ളം കൊടുത്തിട്ട് തീകരത്താൻ വീട് കത്തി എരിയുകയാണ് തീ പിടിച്ച് എരിയുമ്പോ കിണറുകുത്താകാൻ പോകുന്ന പോലെ വയസ്സുകാലത്ത് എല്ലാം കഴിഞ്ഞു ശരീരത്തിന് ആരോഗ്യമില്ല അനേക വിധത്തിലുള്ള വ്യാധിവ്യാധിശതൈഹി മുമ്പിലിങ്ങനെ വന്ന് നിൽക്കുമ്പോ ഇനി എന്ത് വെള്ളം കൊണ്ടുവന്ന് എവിടെ തീ കെടുത്ത കഴിഞ്ഞു അതേപ്പോ അതേപോലെ ഭഗവാനെ അറിയുക എന്നുള്ളത് ശരീരത്തിന് ആരോഗ്യമുള്ളപ്പോ ബുദ്ധിക്ക് തെളിച്ചമുള്ളപ്പോ പരിശ്രമിച്ച് അറിയുന്നവന് ധീരൻ എന്ന് പേര് ഇന്ദ്രിയങ്ങൾക്ക് ബലമുള്ളപ്പോ ഭഗവത് പ്രാപ്തി നേടുന്നവൻ ധീരൻ എന്ന് പേര് അവനാണ് ധീരൻ ആ ധീരത നമുക്ക് ഭഗവ നമുക്ക് ഉള്ളിൽ ധീരത വേണ്ടത് ഭഗവാനെ സ്വീകരിക്കണം സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രം സാക്ഷാത്കാരം തരുന്നവനാണ് ഭഗവാൻ ലോകത്തില് ബാക്കിയുള്ള വസ്തുക്കളൊക്കെ സ്വീകരിച്ചതുകൊണ്ടൊന്നും നടക്കില്ല കർമ്മം ചെയ്യണം പുറമേക്കുള്ള ദ്രവ്യങ്ങളൊക്കെ കർമ്മം ചെയ്യണം സ്വീകരിച്ചാ മാത്രം പോരാ പണം സമ്പാദിക്കണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് ഇതുവരെ ആർക്കും പണം കിട്ടിയിട്ടില്ല അവർ പ്രവർത്തിക്കണം പക്ഷെ ഭഗവാന്റെ കാര്യത്തിൽ മാത്രം സ്വീകരിക്കുന്നത് മാത്രം കാര്യം നടക്കും സ്വീകരിക്കുന്നത് ഭഗവാനുമായിട്ട് നമുക്ക് ബന്ധം ഏർപ്പെടും അപ്പോ അങ്ങനെയൊക്കെ ബന്ധം ഏർപ്പെടുമോ എന്ന് വെച്ചാൽ ഒരു ബന്ധം പറയാം ഭാര്യാഭർത്തർ ബന്ധം അച്ഛനും അമ്മയും നോക്കി ഒരു പെൺകുട്ടിയും പുരുഷനും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വിവാഹം കഴിച്ച അടുത്ത ദിവസം മുതൽക്ക് അച്ഛനെയും അമ്മയും പോലും മറന്നു കളയുന്ന രീതിയിൽ ഒരു ബന്ധം ആ ബന്ധം എവിടുന്ന് വന്നു അപ്പൊ നമ്മൾ എന്ത് പറയും അത് സ്ത്രീ പുരുഷന്മാർക്ക് നാച്ചുറൽ ആയിട്ട് ഒരു അഫിനിറ്റി ഉള്ളതുകൊണ്ട് വരുന്നതാണ് സ്ത്രീ പുരുഷന്മാർക്ക് ഇങ്ങനെ ഒരു അഫിനിറ്റി ഉണ്ടെങ്കിൽ മമൈവ അംശോ ജീവനോകെ ജീവഭൂത സനാതന സനാതനമായ സർവേശ്വരന്റെ അംശമായി ജീവനും ഭഗവാനും ബന്ധമില്ല എന്ന് പറയുന്നത് എന്തൊരു മഠേതരമാണ് ഈ ജീവൻ ഭഗവാനും തനിക്കുമുള്ള നിത്യബന്ധത്തിനെ അംഗീകരിച്ചാൽ മാത്രം മതി പ്രകൃതിക്കും തനിക്കും ബന്ധമില്ല വസ്തുതയെ അംഗീകരിച്ചാൽ നിത്യമായ ബന്ധം പ്രകാശിക്കും അല്ലെങ്കിൽ തനിക്ക് നിത്യമായി ഈശ്വരനോടുള്ള ബന്ധത്തിനെ അംഗീകരിച്ചാൽ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം ഒന്നിൽ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിനെ വിച്ഛേദിക്കുക അല്ലെങ്കിൽ നിത്യവസ്തുവുമായിട്ടുള്ള ബന്ധത്തിനെ അംഗീകരിക്കുക അംഗീകരിക്കുന്നത് കൊണ്ട് മാത്രം നിത്യവസ്തു അനുഭവപ്പെട്ടു തുടങ്ങും ആ അംഗീകരിക്കാൻ നമ്മളെയും ഭഗവാനെയും യോജിപ്പിച്ചു വയ്ക്കുന്ന ഒരു ലിങ്കിനാണ് ഗുരു എന്ന് പറയണത് ഗുരു ഒരു ലിങ്കാണ് ലിങ്ക് മാത്രമാണ് ഇന്നലെ പറഞ്ഞ പോലെ ഓർത്തോട് കല്യാണം കഴിച്ചു വയ്ക്കുന്ന ബ്രാഹ്മണനെ പോലെ പിന്നെ ആ ഭാര്യയ്ക്കും ഭർത്താവിനും ബന്ധം ബ്രാഹ്മണനെ ഒന്നും ചിലപ്പോ ഓർമ്മയുണ്ടാവില്ല അതേപോലെ ഗുരു എന്ത് ചെയ്യുന്നു നമുക്ക് നമ്മളുടെ സ്വരൂപത്തിനെ കാണിച്ചു തരുന്നു നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് കാണിച്ചു തന്നാൽ പിന്നെ നമുക്ക് ബന്ധം ഈ സ്വരൂപത്തിനോടാണ് സ്വരൂപധ്യാനത്തിനോട് സ്വരൂപരതിയോടാണ് യസ്തു ആത്മരതി ആത്മക്രീഡ ആത്മമിഥുന ആത്മാനന്ദ ആ സ്വരൂപാനുഭൂതിയിൽ രമിച്ചിരിക്കുന്ന ഒരു ജീവൻ മുക്തൻ ശരീരത്തിലിരിക്കുമ്പോ തന്നെ മുക്തി നേടിയവൻ സദാസ്വരൂപാനന്ദ തുന്തിലനായിട്ടിരിക്കുന്ന ഒരു യോഗിയുടെ ഉപാഖ്യാനമാണ് ഭഗവാൻ ഇവിടെ ഈ വരുന്ന ഭാഗത്തിൽ പറയാൻ പോകുന്നത് ഉദ്ധവൻ ഭഗവാനെ സദ്ഗുരുവായി മരിച്ച് ഭഗവാന് ശരണാഗതി ചെയ്തു ഭഗവാൻ പറഞ്ഞു ഉദ്ധവനെ ഞാൻ താങ്കൾക്ക് അത്യപൂർവമായ ഒരു ഉപാഖ്യാനം പറയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് പൂർവേഷാം അപ്പി പൂർവജ ഞങ്ങളുടെ പൂർവികന്മാർക്കൊക്കെ പൂർവികനായി യതു മഹാരാജാവ് യതു മഹാരാജാവ് നല്ല തത്വ വിചാരം ചെയ്തിട്ടുള്ള ആളായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും നല്ല ശാസ്ത്രജ്ഞാനമുള്ള ആള് തത്വവിചാരം ചെയ്തിട്ടുള്ള ആള് അധ്യാത്മത്തിൽ രുചിയുള്ള ആള് അങ്ങനെയുള്ള യതുചക്രവർത്തി ഇന്നലെ നമ്മൾ അതിനൊക്കെ ആ മുഖം രാജാവാണ് എല്ലാ സുഖ സൗകര്യങ്ങളും തത്വവിചാരം ചെയ്യുന്ന ആള് ധാർമ്മിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ ഇരിക്കുന്ന ആള് ഹൃദയം നല്ലവണ്ണം ശുദ്ധമായി കഴിഞ്ഞു യദുവിന് ഹൃദയം ശുദ്ധമായാൽ എന്താ ലക്ഷണം നമ്മൾ മഹാത്മാക്കളെ കണ്ടാൽ മനസ്സിലാക്കും സാധുക്കളെ കണ്ടാൽ തിരിച്ചറിയും തമ്മിൽ സമ്പർക്കമുണ്ടാകും അതിന് നമുക്ക് യോഗ്യത വരണം നമ്മളുടെ ഹൃദയം ശുദ്ധമാവുമ്പോ സാധുക്കളെ കാണുമ്പോ തിരിച്ചറിയും പരസ്പരം ബന്ധമുണ്ടാകും സഖ്യം സർവേശ്വരൻ തന്നെ ചേർത്ത് വയ്ക്കും അതൊരു അലംഘനീയമായ ഒരു നിയമമാണ് ആ ഒരു ചേർത്ത് വയ്ക്കും സർവേശ്വരൻ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ആ യോഗ്യത ഉണ്ടാകുമ്പോ ആ ബന്ധത്തിനെ കൊണ്ടുവന്ന് തരും യതുമഹാരാജാവിന് അദ്ദേഹം ചെയ്ത പുണ്യം അദ്ദേഹം ചെയ്ത തപസ് അദ്ദേഹം ചെയ്ത ഭക്തി അദ്ദേഹം ചെയ്ത ധർമ്മം കാച്ച് പൂത്ത് കാച്ച് പഴുത്ത് അതിന്റെ ഫലം നൽകുന്ന സ്റ്റേറ്റില് അദ്ദേഹത്തിന് അത്യാശ്ചര്യകരമായ ഒരു അപൂർവമായ ഒരു ദർശനമുണ്ടായി ഭഗവാൻ ധ്യാനം ചെയ്യുന്നവരുടെ മുമ്പിൽ ചിലപ്പോൾ യോഗദർശനമൊക്കെ ഉണ്ടാകും ഭഗവാന്റെ അതിനേക്കാളും ഒക്കെ പ്രബലമാണ് ബ്രഹ്മനിഷ്ഠന്മാരായ ജ്ഞാനികളുടെ ദർശനം യതു മഹാരാജാവിന് അങ്ങനെ ഒരു ദർശനമുണ്ടായി ഒരു ദിവസം രാജാവ് ഒരു അവധൂതനെ തന്റെ മുമ്പിൽ കാണുകയാണ് അദ്ദേഹം എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അഹുതോഭയം അവതൂതൻ വസ്ത്രമൊന്നുമില്ല ശങ്കരാചാര്യസ്വാമികൾ തന്നെ അസൂയപ്പെടുകയാണോന്ന് തോന്നും ആചാര്യസ്വാമികൾ വേദാന്തിയാണ് ജ്ഞാനിയാണ് ജീവൻ മുക്തനാണെങ്കിലും അദ്ദേഹം കാഷായമൊക്കെ ധരിച്ച് വേദാന്ത പ്രചാരമൊക്കെ ചെയ്തിരുന്നു ആചാര്യസ്വാമികൾ തന്റെ മനോമുഖുരത്തിൽ ഒരു ഭാവന വെച്ച് പുലർത്തിയ പോലെ കൗപീന പഞ്ചകം എഴുതി അതിൽ പറയുന്നു വേദാന്തവാക്യേഷു സദാറമന്ത ഭിക്ഷാന്നത്രേണ ചതുഷ്ടിമന്ത അശോകമന്തരന്ത കൗപീനവന്ത ഖലു ഭാഗ്യവന്ത വേദാന്തമഹാവാക്യങ്ങളിൽ സദാ രമിച്ചുകൊണ്ടിരിക്കുന്നവൻ പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മ സർവം ഖലു ഇതം ബ്രഹ്മ തുടങ്ങിയ മഹാവാക്യങ്ങളുടെ പൊരുളായ ആത്മാനുഭവത്തിൽ സ്വരൂപാനുഭവത്തിൽ സദാ രമിച്ചുകൊണ്ടിരിക്കുന്നവനും അപ്പൊ ശരീരയാത്ര എങ്ങനെ നിൽക്കും ശരീരം എങ്ങനെ നിലനിർത്തും ഭിക്ഷാന്നമത്രേണ ചതുഷ്ടിമന്ത എവിടെ മഹർഷി തിരുവണ്ണാമലയിൽ വന്നപ്പോ ആദ്യം കൗവീനം പോലും ഉണ്ടായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ തെരുവിൽ എങ്ങനെ നഗ്നനായിട്ട് നടക്കുകയായിരുന്നു അരുണാചലത്തിൽ കുറച്ചു ദിവസം പാതാള ലിംഗത്തിൽ ഇരുന്നു ശരീരപ്രജ്ഞയേ ഇല്ല അരുണാചലേശ്വര ക്ഷേത്രത്തിൽ ഒരു ചെറിയ ഗുഹ ചുവട്ടിൽ ആ ഗുഹയുടെ ഉള്ളിൽ ഇരുന്നു അതാ ശരീരം അറിയാതെ നടന്ന അതിനകത്ത് പോയി ഇരുന്നതാണ് ആ ഇരുന്ന ആ ഇന്റോക്സിക്കേഷൻ ആ അങ്ങനെ ഇരുന്നുപോയി അവിടെ ശരീരത്തിനെ പല പ്രാണികളും കടിച്ച് ശരീരമൊക്കെ ദ്രവിച്ചുപോയി ഇടുപ്പിന് ചുവട്ടിലുള്ള തൊട ആ പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സിൽ തന്നെ മഹർഷി വടി ഉപയോഗിക്കും എന്താ ഈ കാൽ മുഴുവൻ ൊടയൊക്കെ പല പ്രാണികളും കടിച്ച് ദ്രവിച്ചു പോയി എന്നിട്ടും അറിഞ്ഞിട്ടില്ല അതിന് ശ്രദ്ധയില്ല ഇങ്ങനെ എത്ര ദിവസം പോയി എന്നറിയില്ല ആ സമയത്ത് ശേഷാദ്രി സ്വാമികൾ ഈ ഗുഹയുടെ ഉള്ളിൽ പോയിട്ട് പുറത്തു വരുന്നത് ഒരു വെങ്കടാചല മുതലിയാർ എന്ന് പറയുന്ന ഒരു ഭക്തൻ കണ്ടു അപ്പൊ സ്വാമിയോട് ചോദിച്ചു സ്വാമി എന്താ ഗുഹയുടെ ഉള്ളിൽ വരുന്നത് അവിടെ മുഴുവൻ പൊടി പിടിച്ചു കിടക്കാം അവിടെ എന്താ ഉള്ളത് സ്വാമി പറഞ്ഞു അത് പുള്ളേ ഒരു ചിഹ്ന സ്വാമി ഇരുക്ക് പോയി പാറ് പറഞ്ഞു അദ്ദേഹത്തെ ചെറിയ സ്വാമി നോക്കൂ എന്ന് പറഞ്ഞ് ശേഷാദ്രി സ്വാമി പോയി ഈ വെങ്കടാചര മുതിരെ അകത്ത് വിളക്കും പോയി നോക്കുമ്പോ ഇതാണ് സ്ഥിതി എടുപ്പിന് ചുവട്ടിൽ ഈ കാലൊക്കെ ദ്രവിച്ചു പോയിരിക്കുന്നു രക്തം വന്ന് കട്ടപിടിച്ചിരിക്കുന്നു അദ്ദേഹം പൊക്കി കൊണ്ടുവന്ന് പുറത്തു കൊണ്ടുവന്ന് വെച്ചു അപ്പോഴും മഹർഷിക്കൊന്നും അറിയില്ല ആരോ വായിൽ ആഹാരം ഇട്ട് കൊടുക്കും ചോറ് ഉരുട്ടി വായിലിട്ട് കൊടുക്കും വായിലിട്ട് കൊടുത്താൽ ചിലപ്പോ ആ വായിലിട്ട ചോറ് അതേപടിയിരിക്കും അടുത്ത ദിവസം വന്നാൽ ചിലപ്പോ അത് അവിടെ തന്നെ ഉണ്ടാവും വായിൽ പാലൊഴിച്ചു കൊടുക്കുമായിരുന്നു കുറച്ചു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം കുറേ ദിവസങ്ങൾ പിന്നെ പതുക്കെ പതുക്കെ പതുക്കെ അദ്ദേഹം തിരുവണ്ണാമലയിൽ പലയിടത്തും നടക്കാൻ തുടങ്ങി ഇങ്ങനെ നടക്കുന്ന തെരുവിൽ ഇങ്ങനെ പോയിട്ട് ഏതെങ്കിലും വീട്ടിന് മുമ്പിൽ ചെന്ന് കൈതട്ടും അത്രയുള്ളൂ ഭിക്ഷ ചോദിക്കലൊന്നുമില്ല മഹർഷി പിൽക്കാലത്ത് പറയുമായിരുന്നു അന്ന് എനിക്ക് ഭാവമായിരുന്നു എന്നാണ് ഭിക്ഷ എടുക്കുമ്പോ ഭിക്ഷ എടുക്കുന്നവർക്ക് ചക്രവർത്തിയുടെ ഭാവമാണെന്ന് ഭവതി സർവേഷു ലോകേഷു കാമചാരോ ഭവതി കൈ സ്വാമി ഞങ്ങളുടെ വീട്ടിലേക്ക് വരില്ലേ ഞങ്ങളുടെ വീട്ടിലേക്ക് വരില്ലേ എന്ന് ഓരോരുത്തരും ആ കയ്യിൽ ഭിക്ഷയിട്ട് കൊടുക്കും കരതാമരസേന സുപാത്രവത കാവികണ്ഠഗപതി പി പറഞ്ഞു കൈ കൊണ്ട് കൈ കൈത്താമര കഴിക്കുമ്പോൾ തന്നെ പാത്രം അതിൽ അന്നം വാങ്ങിച്ച് സമ ഉദരം സമയേ പരിപൂരയത ജം സമയേ പരിപൂരയത അതാത് സമയത്ത് കിട്ടുന്ന ഭക്ഷണം കഴിക്കുക തെരുവിൽ നിന്നുകൊണ്ട് തന്നെ തിന്നുന്നതാണ് ഭിക്ഷാന്നമാത്രേണ തുഷ്ടിമന്ത അശോകമന്ത കരണേശരന്ത ആ ലോകത്തിലുള്ള യാതൊരു ശോകവും അവരെ സ്പർശിക്കുന്നില്ല അവതൂതന്മാർ ലോകത്തിലുള്ള യാതൊരു വിഷമങ്ങളും അവരുടെ അകമയ്ക്ക് സ്പർശിക്കുന്നില്ല കൗബീനബന്ത മഹർഷിയെ അമ്പലത്തിലെ ഒരു പൂജാരിയാണ് കൗബീനെ കൊടുത്തു കൊടുത്തത് സ്വാമി ഇങ്ങനെ നടക്കരുത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിഷമം അദ്ദേഹം ഒരു കൗപിനെ കൊടുത്തു കൊടുത്തു കുറച്ചു ദിവസം അതും കെട്ടിക്കൊണ്ട് പിന്നെ ആയി മഹർഷി പിക്കാലത്ത് പറയും ഒരിക്കൽ ആ കൗബീനവും കീറിപ്പോയി ആരെടുത്ത് പോയി ചോദിക്കും ആരെടുത്തും ചോദിച്ചാൽ ചോദിക്കാനൊന്നും മനസ്സില്ല ആ കൗപീനത്തിൽ നിന്ന് ഒരു നൂലെടുത്ത് കാട്ടിലുള്ള ഒരു മുള്ളെടുത്ത് സൂചിയായി ഉപയോഗിച്ച് ആ മുള്ളിൽ ഒരു ദ്വാരം ഈ നൂലിനെ ആ നൂലുകൊണ്ട് ആ കൗപീനത്തിനെ ടച്ച് അത് സ്റ്റിച്ച് ചെയ്ത് ആ കൗവീനത്തിനെ ഉടുത്തു എന്നാണ് വേറൊന്നും ചോദിച്ചില്ല ഒരേ ഒരു തോർത്ത് ആ തോർത്ത് മുഴുവൻ ദ്വാരമാണ് അത് തുടച്ചു തുടച്ച് ആരും കാണാതെ ഒരു കല്ലിന്റെ ഇടുക്കലിങ്ങനെ വയ്ക്കും ഒരാടുമേക്കിനെ ചക്കൻ കണ്ടു സ്വാമിയെ പരിഹസിക്കാനായിട്ട് തമാശ ആയിട്ട് പറഞ്ഞു ഈ മുണ്ട ആയിരം ദ്വാരങ്ങളാണ് മുരുകനാർ ആയിരം ദ്വാരം എന്ന് വെച്ചാൽ അത്ര ദ്വാരം മുരുകനാർ സ്വാമികൾ മഹർഷിയെ സ്തുതിച്ചുകൊണ്ട് ഒരു പാട്ട് എഴുതിയപ്പോ അതിൽ പറഞ്ഞു സഹസ്രാക്ഷൻ സരിദ്രാക്ഷൻ വെച്ചാൽ ഇന്ദ്രൻ ആയിരം കണ്ണുള്ള ഇന്ദ്രൻ തോർത്തമുണ്ടിന്റെ രൂപത്തിൽ സേവ ചെയ്യാൻ വന്നു എന്നാണ് അത്ര ദ്വാരമുള്ള തോർത്തമുണ്ട് അത് തുടച്ചു തുടച്ചു തുടച്ച് ഈ കല്ലിന്റെ ഇടുക്കിൽ ഇങ്ങനെ വയ്ക്കും ഒരു ദിവസം ഒരു ആടുമേക്കിനെ ചെക്കൻ ചോദിച്ചു സ്വാമി അന്നൊക്കെ ഈ ഗവർണറാണ് വലിയ ആൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് സ്വാമി നിങ്ങളുടെ തോർത്തമുണ്ട് ഗവർണർക്ക് കാണണം പറഞ്ഞു കൊടുക്കുമോ ചോദിച്ചു തരലിയാകും തരലിയാകും സ്ഥിതിയിൽ നോക്കണം അങ്ങനെയുള്ള ആള് കലുഭാഗ്യവന്ത ആകണം ആ അവസ്ഥയിലും അവരുടെ ഗൗരവത്തിന് ആര് കണ്ടു അവരുടെ യോഗ്യതയെ ആര് കണ്ടു അവരുടെ ശാന്തി എന്താണ് അവരുടെ സമൃദ്ധി എന്താണ് ഉള്ളിലുള്ള ആനന്ദം എന്താണ് തൃപ്തി എന്താണ് നിർവചിക്കാൻ കഴിയാത്ത നിറഞ്ഞിരിക്കുന്ന ഹൃദയം എന്താണ് അത് ലോകത്തിൽ ഏത് പണക്കാരന് കിട്ടും ഏത് പ്രധാനമന്ത്രിക്ക് കിട്ടും ഏത് പ്രസിഡന്റിന് കിട്ടും ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വാമി രാമതീർത്തൻ അമേരിക്കയിലേക്ക് ചെല്ലുമ്പോ കയ്യിൽ അരക്കാശില്ലാതെയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് റൂസ് വേൾട്ടും സ്വാമിയുമായി കണ്ടുമുട്ടി ഒരു ദിവസം രണ്ടുപേരും ഒരു ഭക്ഷണം കഴിച്ചു രാമതീർത്തൻ സാധാരണ തന്നെ കുറിച്ച് പറയുമ്പോ ഐ ഞാനെന്ന് പറയില്ല എപ്പോഴും രാമ രാമ എന്ന് പറയും തന്നെ കുറിച്ച് പറയും ഐ എന്ന് പറയുന്നതിന് പകരം രാമ എന്ന് പറയും അപ്പൊ പ്രസിഡന്റ് വരുമ്പോ അദ്ദേഹത്തിന്റെ ചില ഫോളോവേഴ്സ് ഒക്കെ പറഞ്ഞു സ്വാമി പ്രസിഡന്റ് വരുമ്പോഴെങ്കിലും അങ് ഈ ഐ രാമ രാമ എന്ന് പറയാതെ ഐ എന്ന് പറയണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹം അപമര്യാദയായിട്ട് ധരിച്ചു പോവും രാമതീർത്തൻ ഒന്നും പറഞ്ഞില്ല പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് വന്നപ്പോ രാമ എന്ന് പറയുന്നതിന് പകരം എന്റെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എംപറർ റാമ എന്ന് പറഞ്ഞു ചക്രവർത്തിയായ രാമൻ കുറെ പ്രാവശ്യം ഇങ്ങനെ എംപറാമാ പറഞ്ഞപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ചോദിച്ചു അത്ര സ്വാമി നിങ്ങൾ ഏത് രാജ്യത്തിന്റെ ചക്രവർത്തിയാണ് ഏത് രാജ്യം നിങ്ങൾ ഭരിക്കുന്നു രാമതീർത്ഥൻ പറഞ്ഞു ഞാൻ യാതൊന്നും ഭരിക്കാത്തതുകൊണ്ട് എന്നെയും ആർക്കും ഭരിക്കാൻ കഴിയില്ല എനിക്ക് ഒരു പൊസഷൻസും കയ്യിലില്ലാത്തതുകൊണ്ട് എന്നെയും ആർക്കും പൊസസ് ചെയ്യാൻ പറ്റില്ല ഞാൻ സ്വതന്ത്രനാണ് യാതൊന്നും എന്നെ ബന്ധിക്കില്ല കൗപീനവന്ത ഖലു ഭാഗ്യവന്ത കൗപീനവന്ത ഖലു ഭാഗ്യവന്ത യാതൊന്നും തന്റേതെന്ന് കരുതാത്ത ആള് യാതൊന്നിലും സമ്പർക്കമില്ലാത്തവൻ പരമഭാഗ്യവാൻ അങ്ങനെ ഒരു അവധൂതൻ തെരുവിലൂടെ നടന്നു വരുന്നത് യതു മഹാരാജാവ് കണ്ടു ആനന്ദ തുന്തിലനായിട്ട് പരമാനന്ദത്തിൽ തിമർത്തുകൊണ്ടുവരുന്നു അദ്ദേഹത്തിന്റെ ആനന്ദം കവിഞ്ഞൊഴുകാണ് പു പു പു പു പുറമേക്ക് തായിവ സ്വാമികൾ തമിഴിൽ പാടി പൊങ്കി തതുമ്പി പൂരണമായി കിടക്കരുത് ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും പൊങ്ങി വഴിയെന്ന നിറഞ്ഞു കവിയ അങ്ങനെ ആനന്ദം ഡബിളിംഗ് വിത്ത് ജോയ് ഉള്ളിലങ്ങനെ ആനന്ദ തുന്തിലനായി യാതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല തപോമയമായ രൂപം നല്ല ആരോഗ്യമായിരിക്കുന്ന ശരീരം നല്ല യൗവനം താരുണ്യം അദ്ദേഹത്തിന് എത്ര വയസ്സായി പറയാൻ വയ്യ യോഗാഗ്നിമയമായ ശരീരമായതുകൊണ്ട് വയസ്സൊന്നും തോന്നിക്കണില്ല ആ ശരീരം കണ്ടിട്ട് കുത്തോ കവിം നിരീക്ഷ്യ തരുണം യതുപ്രഖ്യധർമ്മവി യതു മഹാരാജാവ് പരമവിനയത്തോടെ വീണ് നമസ്കരിച്ചുകൊണ്ട് ആ അവതൂതന്റെ അടുത്തേക്ക് ചെന്നു അദ്ദേഹത്തിന്റെ ചുറ്റും ആളുകൾ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ദൃഷ്ടിയാവട്ടെ ലോകമേ നോക്കണില്ല എന്നാണ് ജ്ഞാനികളുടെ ദൃഷ്ടിയെക്കുറിച്ച് വേദം തന്നെ പറയുന്നു തദ് വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂരയ ദിവീവ ചക്ഷുതാതം കണ്ണു തുറന്നിരിക്കുന്നു ആകാശത്തിൽ എന്ന പോലെ ദൃഷ്ടി പക്ഷെ ഒന്നും കാണുന്നില്ല എന്നാണ് കണ്ണു തുറന്നിരുന്നാലും വിഷ്ണോഹോ പരമം പദം സദാ പശ്യന്തി പരമപദത്തിനെയേ ദർശിച്ചുകൊണ്ടിരിക്കുന്നു എന്താന്ന് വെച്ചാൽ ത്രിപുടിയില്ല നമ്മൾ എന്ത് ദർശിക്കുമ്പോഴും ദ്രഷ്ടാവായ ഒരാൾ അവിടെ ഉണ്ടാവണം കാണുന്നവനെ വെച്ചുകൊണ്ടാണ് കാണുന്നത് ഈ കാണുന്നവൻ ഇല്ലെങ്കിലോ കാണുന്നവൻ ആര് ഞാൻ കാണുന്നു ഈ കാണുന്ന ഞാൻ ആര് എന്ന് അന്വേഷിക്കുമ്പോ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ഒരേ ഒരു വസ്തു അവിടെ പ്രകാശിക്കുന്നു ആ പ്രകാശത്തിൽ ഇരുന്നു കൊണ്ട് പ്രപഞ്ചത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നവന് ബ്രഹ്മസ്വരൂപമായി ഇരുന്ന് പ്രപഞ്ചത്തിനെ കണ്ടാൽ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മസ്വരൂപം തന്നെ അവന് ദർശനത്തിൽ ദൃഷ്ടിയും ജ്ഞാനമയം കൃത്വ പശ്യേത് ബ്രഹ്മമയം ജഗത് ദൃഷ്ടി ജ്ഞാനമയമായാൽ ജഗത്ത് ബ്രഹ്മമയം ദൃഷ്ടിയിൽ അജ്ഞാനമുണ്ടെങ്കിലോ പുറമേക്ക് നാമം രൂപം രാഗം ദ്വേഷം സ്ത്രീ പുരുഷൻ ഭേദമൊക്കെ ദൃഷ്ടി ജ്ഞാനമയമായവന് അവന്റെ ദർശനം തന്നെ പ്രപഞ്ചശൂന്യമായ ദർശനം ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ അത് അനന്തതയിലേക്ക് തുറന്നുവെച്ച കവാടം പോലെയുള്ള കണ്ണുകൾ സമുദ്രം പോലെയുള്ള കണ്ണുകൾ അത്യത്ഭുതമായ ഒരു യോഗ യോഗരൂപം യോഗാഗ്നിമയമായ ശരീരം അങ്ങനെ ആ അവജൂതൻ നടന്നുവരുന്നു രാജാവ് നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചു ഭഗവാനെ അവിടുന്ന് പരമാനന്ദത്തോടുകൂടെ ഇരിക്കുന്നു പക്ഷെ യാതൊന്നും ചെയ്യുന്നില്ല ഞങ്ങളൊക്കെ സന്തോഷം കിട്ടണം എന്ന് പറഞ്ഞ് അനുസ്യൂതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നു ലൗകിക പ്രവൃത്തി ഇല്ലെങ്കിൽ ആധ്യാത്മികമായി എന്തെങ്കിലുമൊക്കെ ചെയ്യും അവിടുന്ന് ഒന്നും ചെയ്യണില്ല കുത്തോ ബുദ്ധിരിയം ബ്രഹ്മണ് അകർത്തു സുവിശാരദാദ്യ ഭവാൻ ലോകം വിദ്വാൻ ശരതി ബാലവത് कुतो बुद्धि अव बुद्धि एवं किटी बुद्धि वी ज्ञान या लोक कौ इतुरी ज्ञान अोक विशारदा बुद्धि वैशारदी बुद्धि ऐकादशल भगवा अशारदी बुद्धि वैशारदी, वैशारदी साधि विशुद्ध बुद्धि धुनोतिमाया ഗുണസമ്പ്രസൂതാം നമ്മളുടെ ബുദ്ധി തന്നെ നമ്മളുടെ ബ്രെയിൻ സാധാരണ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം അറിയാൻ കഴിവുള്ള ഈ ബ്രെയിൻ ഈ ബ്രെയിനില് ഈ ബുദ്ധിയില് ഭഗവാന്റെ കൃപയാകുന്ന പ്രകാശം അവതരിക്കുമ്പോ സാമാന്യ മനുഷ്യ ബുദ്ധി ഉണ്ടല്ലോ അത് ഭഗവത് വിഭൂതിയായിട്ട് മാറും സാധാരണ ബുദ്ധി ലോകകാര്യങ്ങളൊക്കെ ബുദ്ധി ഹൈഡ്രജനും ഓക്സിജനും വെള്ളമാണെന്ന് അറിയുന്ന ബുദ്ധി തന്നെ ഭഗവാന്റെ കൃപാപ്രകാശം അതിലേക്ക് ഇറങ്ങുമ്പോ അവതരിക്കുമ്പോ ആ ബുദ്ധി തന്നെ ഭഗവാന്റെ ഒരു വിഭൂതിയായിട്ട് മാറും ആ ബുദ്ധി ഭഗവത് വിഭൂതിയായിട്ട് തീരുമ്പോഴാണ് അതിന് വൈശാരഥീ ബുദ്ധി എന്ന് പേര് ആ ബുദ്ധി അതീവ സൂക്ഷ്മ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് സത്വരജസ്തമോ ഗുണങ്ങളാകുന്ന ഇരുമ്പഴികൾക്കുള്ളിൽ ജയിലിൽ കിടക്കുന്ന ജീവാത്മാവിനെ മോചിപ്പിക്കും ഏത് ബുദ്ധി കലുഷപ്പെട്ട് ലോകവസ്തുക്കളൊക്കെ ഉണ്മയാണെന്ന് നമ്മളെ ധരിപ്പിച്ച് ഇന്ദ്രിയ വിഷയങ്ങളിൽ സുഖമുണ്ട് എന്ന് നമ്മളെ ഹിപ്പനോട്ടൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു ആ ബുദ്ധി തന്നെ ഭഗവത്കൃപ അതിലേക്ക് വീണ് വിഭൂതിയായിട്ട് മാറുമ്പോ ഡീഹിപ്പനോട്ടൈസ് ചെയ്ത് നമ്മളെ ഈ മായയുടെ മയക്കത്തിൽ നിന്ന് ഉണർത്തിവിടും ആ ബുദ്ധി ലോകസാമാന്യമല്ല അത് പുസ്തകം പഠിച്ചതുകൊണ്ട് വരില്ല എത്ര ഡിഗ്രി എടുത്താലും വരില്ല എത്ര വലിയ കോളേജിൽ പഠിച്ചാലും അല്ല അത് തപസ് കൊണ്ട് ശുദ്ധമായ ചിത്രത്തിൽ ഭഗവാന്റെ കൃപാവതാരമാണ് ഭഗവാന്റെ കൃപ അവതരിക്കുന്നതാണ് അതുകൊണ്ടാണ് ദേവിക്ക് ഒരു പേര് ശാരദ എന്ന് പേര് വിശാരദ വൈശാരദി എന്നുള്ളതിന്നാണ് ശാരദ ശാരദ എന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യാസ്വരൂപിണി എന്നർത്ഥം ആ ബുദ്ധി ലോകസാമാന്യമല്ല ലോകത്തിൽ സാമാന്യമായ ബുദ്ധി എന്ത് പറയും എപ്പോഴും എനിക്കെന്ത് കിട്ടും എനിക്കെന്തെങ്കിലും കിട്ടുമോ ചോദിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും ഫല ഇച്ഛയോടുകൂടെ പ്രവർത്തിക്കാൻ നമ്മളെ പഠിപ്പിക്കും ലോകകാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കാൻ നമ്മളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള ബുദ്ധിയെ വെച്ചുകൊണ്ടാണ് ഇപ്പൊ മഹാകഷ്ടമായിരിക്കണം നമുക്ക് ഈ ബുദ്ധി ഇല്ലാതെ ജനിച്ചാൽ വേണ്ടില്ലായിരുന്നു സർവ അപകടങ്ങൾക്ക് കാരണം കലുഷമായ ഈ ബുദ്ധിയാണ് ഈ ബുദ്ധി എന്നാ ബുദ്ധി വേണ്ട വയ്ക്കാൻ ബുദ്ധി തപസ്സുകൊണ്ട് ശുദ്ധമാവണം ശുദ്ധമായാൽ ഈ അവതൂതനെ അതാണ് പറയുന്നത് ഈ ബുദ്ധി അവിടുത്തേക്ക് എവിടുന്ന് കിട്ടി കുത്തോ ബുദ്ധി ഹീയം ബ്രഹ്മന് അവിടുന്ന് ഒന്നും ചെയ്യുന്നുമില്ലല്ലോ രാജാവ് കുറെ നേരം ശ്രദ്ധിച്ചിട്ടുണ്ടാവണം ഈ അവതൂതനെ വളരെ നേരം ശ്രദ്ധിച്ചിട്ടാണ് രാജാവ് ചോദിക്കുന്നത് ഭഗവാനെ അവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല ഒരു അനുഷ്ഠാനമോ ഒരു സന്ധ്യാവന്തനമോ ഒരു ജപമോ ഒരു പൂജയോ യാതൊന്നുമില്ല അകർത്തു യാതൊന്നും പ്രത്യേകം ചെയ്യാതെ സ്വതന്ത്രനായിട്ട് അങ്ങനെ സഞ്ചരിക്കുന്നു അകർത്തു സുവിശാരദാദ്യ ആ ബുദ്ധി കിട്ടിയത് കൊണ്ട് ഭഗവാൻ ഗീതയിൽ പറയുന്നു ഗച്ചതാം പ്രീതിപൂർവകം ദാമി ബുദ്ധിയോഗം തം ഏനമാമുപയാത്തെ ആ ബുദ്ധി കിട്ടിയത് എന്തായി വിദ്വാൻ ശരതി ബാലവത് അങ് അറിയേണ്ടത് അറിഞ്ഞ ആളാണ് മുഖത്ത് ബ്രഹ്മ തേജസ്സുണ്ട് അറിവ് നല്ലവണ്ണം ആഴത്തിൽ അവിടുത്തേക്ക് ജ്ഞാനമുണ്ട് അങ്ങയുടെ അംഗ ലക്ഷണങ്ങൾ ഓരോന്ന് കണ്ടാലും മനസ്സിലാക്കാം എന്നിട്ടും ചെറിയ കുട്ടികളെ നടക്കണമെന്നാണ് ബാലവത് ചരതി കുട്ടികളെ സാധാരണ കുട്ടികൾ അറിവില്ലാതെ കുട്ടികൾ ചരിക്കും പക്ഷെ ഇവിടെ അറിവുണ്ടായി ജ്ഞാനമുണ്ടായി ബ്രഹ്മനിഷ്ഠയുണ്ടായി അകമേക്ക് നിറഞ്ഞ കുടമായിട്ട് ഇരുന്നു കൊണ്ട് പുറമേക്ക് ഒരു ചെറിയ കുട്ടിയെ പോലെ വിദ്വാൻ ശരതി ബാലവത് ചില ജ്ഞാനികൾ അങ്ങനെയാണ് അവര് ലോകത്തിൽ ചിലപ്പോ ചെറിയ കുട്ടികളെ പോലെ കുട്ടികളെ പോലെ അറിവില്ലാതെയല്ല അറിവോടുകൂടെ കൊച്ചുകുട്ടികളുടെ ഇന്നസെൻസ് നിഷ്കളങ്കതയോടുകൂടെ അവര് ലോകത്തിൽ സഞ്ചരിക്കും അറിയേണ്ടതൊക്കെ അറിഞ്ഞവർ അവർക്ക് കുട്ടികൾക്ക് എങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ലാതെ കളിച്ചു നടക്കുന്നുവോ അതുപോലെ ഈ ജ്ഞാനികളും ബാലവതീ ചരത്തി വേറൊരു അർത്ഥം ബാലവത് എന്ന് വെച്ചാൽ നല്ല ബലമുള്ളവനാണ് ബാലനാണ് ബലമുള്ളവൻ എന്താന്ന് വെച്ചാൽ ഏത് ഹിറ്റ്ലറും ബാലന്റെ മുമ്പിൽ കീഴടങ്ങും ചെറിയ കുട്ടികളുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞാൽ ും ബലമുള്ളവനാണ് ബാലൻ വിദ്വാൻസരതി ബാലവത്ത് ലോകത്തിൽ ഞാൻ കാണുന്ന മനുഷ്യരൊക്കെ പ്രായോ ധർമാർത്ഥ കാമേഷു വിവിത്സാ ചനവാനൈവ സമീഹന് ആയുഷോ യശസശ്രിയ സാധാരണ ആളുകൾ എങ്ങനെ ജീവിക്കണം അവര് ർത്ഥം കാമം ഈ മൂന്നെണ്ണമേ ലോകസാമാന്യത്തിന് അറിയുള്ളൂ എന്നാണ് ലോകത്തിൽ സാധാരണ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് ധർമ്മമായിട്ടിരിക്കണം ധാർമ്മികനായിട്ടിരുന്ന നാലുപേര് നമ്മളെ കുറിച്ച് നല്ലത് പറയും പിന്നെ അർത്ഥം പണം സമ്പാദിക്കണം പണം സമ്പാദിച്ചാൽ അതിനൊരു മണി പവർ എന്നുള്ളതുണ്ട് എല്ലാവരും അദ്ദേഹത്തിന് സല്യൂട്ട് അടിക്കും എസിയാസ് തിത്തം സനുലീനഹ ഭർത്തൃഹരി പറയണു ആർക്ക് ധാരാളം പണമുണ്ടോ അവൻ തന്നെ അത്രേ സമൂഹത്തിലെ ശ്രേഷ്ഠ അവൻ ചെയ്യുന്നതാണ് ആചാരം അവനാണ് സൗന്ദര്യമുള്ള ആള് അവനാണ് എല്ലാം ഉള്ളവൻ അപ്പോ ധർമ്മ അർത്ഥ അർത്ഥമുള്ള അർത്ഥം എന്തിനു വേണ്ടിയാ എന്റെ ഇഷ്ടങ്ങളൊക്കെ സാധിക്കാനായിട്ട് ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് കാമം എന്റെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ച് ചേർത്തിക്കൊള്ളും ധർമ്മ അർത്ഥ കാമ ഈ മൂന്നെണ്ണം ലോകത്തിൽ മനുഷ്യരെ കെണഞ്ഞു പരിശ്രമിച്ചു നേടിയെടുക്കുന്നത് ആരുടെ ഉപദേശം വേണ്ട അതിൽ ധർമ്മത്തിനെ വിട്ടുകളയും വേണമെങ്കിൽ അർത്ഥവും കാമവും കെണഞ്ഞു പരിശ്രമിച്ചു സാധാരണ ആളുകളെ ഇവിടെ രാജാവ് നല്ല മനുഷ്യരെ കുറിച്ചാണ് ധർമ്മ അർത്ഥ കാമവും നമുക്ക് ഇന്നത്തെ കാലത്ത് പിന്നെ ധർമ്മമൊന്നും വേണ്ട അന്നത്തെ കാലത്ത് ഇരണ്യകശിപൂവിന്റെ ടീച്ചർമാര് പ്രഹ്ലാദന് പോലും കുറച്ച് ധർമ്മമൊക്കെ പറഞ്ഞു കൊടുത്തു മോക്ഷത്തിനെ പറയാൻ പാടില്ലേ അത്രയുള്ളൂ ധർമ്മം വേണം അത്രേ ഇരണ്യകശിപൂവിന് പോലും വേണ്ട ധർമ്മ അർത്ഥകാമേഷു വിവിധായാംശ മാനവാഹേനൈവ സമീഹത്തെ എന്തെങ്കിലുമൊക്കെ ഫലേച്ഛയോടുകൂടെ അവര് പ്രവർത്തിക്കുന്നു ആയുസ് വേണം യശസ് വേണം ഐശ്വര്യം വേണം ധാരാളം കാലം നമുക്ക് ജീവിക്കാം എത്ര കാലം ജീവിച്ചാലും പോരാ അല്ലേ തൊണ്ണൂറ് വയസ്സായാലും പോരാ നൂറ് വയസ്സായാലും പോരാ അതിനു മേലെ വല്ലതും ഉണ്ടെങ്കിൽ അതിനു മേലെ പിന്നെ കായകൽപ്പമൊക്കെ കഴിച്ച് എത്ര വയസ്സായ ശേഷവും തായ്മാണവരുടെ ഒരു പാട്ടുണ്ട് എത്ര വയസ്സ് കഴിഞ്ഞാലും കായകൽപ്പത്തിനായിട്ട് അലഞ്ഞു നടന്ന് എവിടെയെങ്കിലുമൊക്കെ കായകൽപ്പ ചികിത്സയുണ്ടോ നടക്കുമോ അത്രയും പണം സമ്പാദിക്കാൻ ഇവിടെ കിട്ടിയതൊന്നും പോരാ എന്ന് പറഞ്ഞ് സമുദ്രത്തിൽ ആ കാലത്ത് സമുദ്രത്തിൽ കപ്പലിൽ പോകുമെന്നാണ് മുത്തുകൊണ്ടുവരാനായിട്ടും മുത്തുപിറക്കിക്കൊണ്ടുവരാനായിട്ടും ഇതൊക്കെ കഴിഞ്ഞ് തായ്മാനവർ പാട്ടിൽ പറയാണ് പണം കൊണ്ടുവന്നു കായകൽപ്പ ചികിത്സയ്ക്കായിട്ട് അറിഞ്ഞു നടന്നു കുറേ കുട്ടികളും ഇന്നത്തെ കാലത്തല്ല അന്നത്തെ കാലത്ത് പുത്തീശൽ പോലെ പുതർവരുകളിൽ പെരുവേറുന്നതാണ് ഈ ചില പുറ്റുന്ന ഈ പാറ്റവരിലെ അതുപോലെ കുട്ടികളത്ര ഇതെല്ലാം കഴിഞ്ഞിട്ട് കുടുംബത്തിലെ ആകപ്പാട കുടുങ്ങിയ ഘട്ടത്തിൽ അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നു എല്ലാം ധർമ്മ അർത്ഥ കാമങ്ങളും ഒക്കെ സമ്പാദിച്ചു കഴിഞ്ഞപ്പോ അയാളുടെ സ്ഥിതി എന്താന്ന് വെച്ചാൽ സ്വാമികൾ പറയണത് ആരോ വിറകു മരം ഒരു മരം നല്ല വലിയ മരം അപ്പൊ ഒരു ദിവസം കൊണ്ട് അത് വെട്ടി മുറിക്കാൻ പറ്റില്ല അപ്പൊ വെട്ടി പകുതിയാക്കി പകുതിയാക്കിയിട്ട് അത് അങ്ങനെ വിട്ടിട്ട് പോയാൽ അടുത്ത ദിവസം കൂടിക്കളയും അത് നിവർത്താ വലിയ വിഷമാണ് അപ്പൊ ഇത് എത്ര കണ്ട് വെട്ടി ആഴത്തിൽ ഉള്ളിൽ പോയി അവിടെ ആപ്പടിച്ചു വയ്ക്കും മനസ്സിലാവേണ്ട മരത്തിനെ വെട്ടിയിട്ട് മുഴുവനും പിളർന്നില്ല നടുവിലൊരു ആപ്പ് അടിച്ച് ഇറക്കി വെക്കും അങ്ങനെ ഒരു മരം വെട്ടി വെച്ചിരിക്കുന്നു ആപ്പടിച്ചു വെച്ചിരിക്കുന്നു ഒരു കുരങ്ങൻ എന്ത് ചെയ്തു അത്രേ ആ ഗാപ്പില് കാലിട്ടിട്ട് ആപ്പിനെ ഇളക്കിയെടുത്തു അത്ര കാലതിനെ നുഴൈത്തു കൊണ്ട് ആപ്പതനെ ഇളക്കിവിട്ട കുരങ്കതനെ പോലെ അകപ്പട്ടീരെ കിടന്നുഴല അകപ്പെട്ടീരെ ഗ്യാപ്പിൽ കാലിട്ട് ആപ്പിളക്കി വിട്ട കുരങ്ങിനെ പോലെ ആകപ്പെട്ടുവല്ലോ നോക്ക് കുടുങ്ങിയല്ലോ എന്നാണ് അതിനകത്ത് കുടുങ്ങിയല്ലോ ഇനി എങ്ങനെ പുറത്തു വരാൻ പോകുന്നു എവിടെ പുറത്തു വരാൻ വഴിയുന്ന പിന്നെ നിലവിളിച്ചിട്ട് എന്ത് കാര്യം അയ്യോ അയ്യോ അയ്യോയോ നിലവിളിക്കും കുരങ്ങി നിലവിളിക്കും അവരാരെങ്കിലും വന്നാലോ അടുത്തു വരാനും സമ്മതിക്കില്ല മാന്താനും കടിക്കാനും പോവുകയാണ് രക്ഷപ്പെടുത്താനും സമ്മതിക്കില്ല പ്രായോ ധർമ്മ അർത്ഥ കാമേഷു വിവിധ മാനവാഹേതുനൈവ സമീഹന് ആയുഷഹ യശസഹ ആയുസ് യശസ് ശ്രീ ഈ മൂന്നിന് മാത്രം പ്രവർത്തിക്കുന്നവരെ ഞാൻ ലോകത്തിൽ ധാരാളം കാണുന്നു എന്നാണ് രാഷ്ട്രീയക്കാരെയൊക്കെ നോക്കൂ എപ്പോഴെങ്കിലും അവർക്ക് തൃപ്തി വരുമോ ഏതെങ്കിലും വയസ്സിൽ നാല് കാശിനും പ്രയോജനമില്ലാത്ത കസേരെ കയറിയിരുന്നിട്ടെ എന്തെങ്കിലും എപ്പോഴെങ്കിലും അവർക്കൊരു തൃപ്തി വരുവോ ഒരിക്കലും തൃപ്തി വല്ല അത് എന്തൊരു മതമാണെന്ന് അറിയില്ല അതിന്റെ മേലെ കയറിയിരുന്നു ഒരു ലഹരി പിടിക്കാം നമ്മുടെ പഴയ റൈറ്റർ സഞ്ജയൻ പറഞ്ഞു വിമർശകൻ സഞ്ജയൻ പറയും ഈ സൂക്കേട് മാത്രം വന്നാൽ മാറുകയോ ഇല്ല ആ സൂക്കേടിന് അദ്ദേഹം മരുന്നൊക്കെ പറയുന്നുണ്ട് നായ്ക്കുറിഞ്ഞ പൊടി പൃഷ്ഠത്തിൽ പുരട്ടിയിട്ട് ചൂരല് അര ഇഞ്ച് കണത്തിന് നല്ല കൊട്ടെണ്ണയിൽ മുക്കിയിട്ട് സ്റ്റൂളിൽ ഇരുന്നാൽ തട്ടുന്ന ഭാഗത്തിൽ ദിവസം പപ്പത്ത് പടവെച്ച് കൊടുക്കണം പിന്നെ ജൈവിളി കേൾപ്പിക്കരുത് കഴുത്തിൽ മാലയിടരുത് അതൊക്കെ അത്രയും മരുന്നു അതിന്റെ ഇടയിൽ ഈ രോഗി ജൈവിളി എവിടെയെങ്കിലുമൊക്കെ കേട്ടുപോയാൽ പിന്നീം വിട്ടു പോകുന്നതാണ് എന്താ ഈ പ്രസിദ്ധി സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ പറയുന്നു അതൊരു വയശ്യാണെന്ന് അതിന്റെ പിടിയിൽ കുടുങ്ങിയാൽ ഇവൻ രക്ഷപ്പെടും ധർമ്മ അർത്ഥ കാമേഷും അർത്ഥം കാമം യശസ് ഇതിനുവേണ്ടിയൊക്കെ പ്രതിഷ്ഠാകാമ ഇങ്ങനെ മനുഷ്യർ ഒരു കാരണമില്ലാതെ ഓടി നടക്കും സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നടക്കും ഇങ്ങനെയുള്ള ആളുകളെ ലോകത്തിൽ കാണുമ്പോൾ അധ്യാത്മിക ലോകത്തിലുമുണ്ട് ഒന്നും ലൗകിക ലോകത്തിലല്ല ഒരു മഹാത്മാവെന്ന് ഒരു മഠം സ്ഥാപിച്ചാൽ പിന്നെ അവിടെ തല്ലുവടിയാവും നോക്ക എത്ര മഠങ്ങൾ നോക്കും നമ്മളുടെ നാട്ടിൽ പരസ്പര അടിബഹളം എല്ലായിടത്തും എല്ലാ സമ്പ്രദായത്തിലും ഇന്ന സമ്പ്രദായം എന്നൊരു സ്പെഷ്യാലിറ്റി ആയില്ല എല്ലായിടത്തും അർത്ഥമേ മാറിപ്പോകുന്നു അതിന്റെ പ്രയോജനമേ മാറിപ്പോകുന്നു എന്താണെന്ന് വെച്ചാൽ യശസഹ എനിക്ക് ആ സ്ഥാനം വേണം പിന്നെ പണം ധനം വരും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ നടുവിലാണ് ദാ നിറഞ്ഞ ഒരാള് പരമപ്രശാന്തനായിട്ട് ശാന്തനായിട്ട് യാതൊന്നുകൊണ്ടും ബാധിക്കപ്പെടാതെ എന്നാ വയസ്സായിട്ടാണോ അങ്ങനെ അല്ലാതെ ത്വം തു കൽപ്പഹ നല്ല ശരീര ബലമുണ്ട് യോഗമയമായ ശരീരം കണ്ടാൽ തന്നെ അറിയുന്നുണ്ട് കവി ഹീ കവി എന്ന് വെച്ചാൽ ക്രാന്തദർശി അദ്ദേഹത്തിന്റെ ദൃഷ്ടി ലോകത്തിലേ ഇല്ല അദ്ദേഹം കണ്ണു തുറന്നിരിക്കുന്നുവെങ്കിലും ദൃഷ്ടി ഹൃദയത്തിലാണ് ആത്മനിഷ്ഠമാണ് ദൃഷ്ടി ദൃക്ക് ദർശ ദർശന ദൃശ്യ ദ്രഷ്ട ഭേദമൊന്നുമില്ല അവിടെ ദർശനക്രിയാ മുതലായ ഭേദങ്ങളൊന്നുമില്ല ത്രിപുടി ശൂന്യമായ സ്ഥിതി ത്രിപുടി മുടിഞ്ഞ് സ്വരൂപത്തിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹായോഗി അതാണ് കവി എന്നു പേരിവിടെ അല്ലാതെ എന്തെങ്കിലും പോയട്രി എഴുതിയ കവി എന്നുള്ള അർത്ഥത്തിലല്ല കവി എന്ന് വെച്ചാൽ ലോകത്തിനെ സാധാരണ കവികൾ എന്ത് ചെയ്യുന്നു ലോകത്തിനെ അതിൽ നമ്മൾ കാണുന്നതല്ലാത്തതിനെ കാണുന്നത് കൊണ്ട് അയാൾക്ക് കവി എന്ന് പേര് അതൊരു രൂഢിയായി വന്നതാണ് യഥാർത്ഥത്തിൽ കവി എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ മൂലപ്പൊരുളിനെ സദാ കണ്ടുകൊണ്ടിരിക്കണവനാണ് കവി പ്രപഞ്ചത്തിന്റെ മൂലപ്പൊരുൾ എന്താ നമ്മളുടെ ഉള്ളിലുള്ള ബോധം അധിഷ്ഠാനം നമ്മളുടെ സ്വസ്വരൂപം ആ സ്വസ്വരൂപത്തിനെ കണ്ട് സദാ അതിൽ രമിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ വ്യവഹരിക്കുമ്പോഴും ദൃഷ്ടി പുറമേക്കില്ലാതെ ജ്ഞാനികളുടെ കണ്ണിനെ ആടിന്റെ കണ്ണ് എന്നാണ് ശാസ്ത്രം പറയണത് മേഷനയനം ആടിന്റെ കണ്ണ് എന്താന്ന് വെച്ചാൽ കണ്ണ് തുറന്നിരിക്കും ഒന്ന് ചിലർക്കൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ട് ആടിന്റെ കണ്ണ് വെച്ചു കൊടുക്കും ചത്ത ആടിന്റെ കണ്ണ് ചത്ത ആടിന്റെ കണ്ണ് വെച്ചു കൊടുത്താൽ ആ കണ്ണ് കാണാനൊന്നും പറ്റി ആ കണ്ണ് ഒന്നും കാണില്ല പക്ഷെ കണ്ണു ഉള്ള പോലെ ഉണ്ടാവും അതുപോലെ ജ്ഞാനികൾക്കും ദൃഷ്ടി ഉള്ള പോലെയും ലോകത്തിൽ എല്ലാത്തിനെയും നോക്കുന്ന പോലെ ഉണ്ടാകും അവരൊന്നിനെയും നോക്കണില്ല എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഒന്നും കാണുന്നില്ല എന്നാണ് അവർക്ക് കാണാൻ പറ്റില്ല മൃഗനാഥ സ്വാമികൾ വലിയ ജ്ഞാനിയായിരുന്നു പക്ഷേ മഹർഷിയുടെ പല പാർശ്വതന്മാരും ജ്ഞാനം നേടിയെങ്കിലും ആരും പുറത്തൊന്നും അറിഞ്ഞതേ സ്വാമികൾ ഒരു ചെറിയ മുറിയിലിരിക്കും രാവിലെ എണീറ്റാൽ ഗിരിപ്രദക്ഷിണത്തിന് പോയിട്ട് വരും അവിടെ ഇരുന്ന് ഇങ്ങനെ തനിക്കിങ്ങനെ പാട്ട് മഴ പെയ്യുന്ന മേഘം പോലെ പാട്ട് വന്നുകൊണ്ടിരിക്കും അദ്ദേഹത്തിന് വേണമെന്ന് വെച്ചിട്ടല്ല അങ്ങനെയാണ് മുപ്പതിനായിരം പാട്ട് എഴുതിയത് അങ്ങനെ ഇരിക്കുമ്പോ ഒരു വലിയ മഹാത്മാ തിരുവണ്ണാമലയ്ക്ക് വന്നു ആനന്ദമഹിമ അവര് ഒരു ജ്ഞാനിയായിരുന്നു ജീവൻ മുക്തയായിരുന്നു വലിയ മഹാത്മാ രമണാശ്രമത്തിലേക്ക് വന്നു മഹർഷിയുടെ സമാധിസ്ഥാനത്തിൽ കല്ല് വെച്ചതൊക്കെ അവരാണ് അപ്പോ തിരുവണ്ണാമലയിലെ വലിയ തിരക്ക് ആനന്ദമഹിമാവിനെ കാണാനായിട്ട് തിരക്ക് സ്വാമികൾക്ക് ഇതൊന്നും അറിയേയില്ല അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിനൊന്നും അറിയില്ല പക്ഷെ ഈ പോയി കണ്ടിട്ട് പോകുന്ന ഭക്തന്മാർ ഓരോരുത്തർ ചെന്ന് സ്വാമികളോട് ചെന്ന് പറയും ആനന്ദമയ്മ വന്നിട്ടുണ്ട് കാണാൻ പോയിട്ടില്ലേ ഒക്കെ ചോദിക്കും സ്വാമികൾ ഒന്നും ഉത്തരം പറയില്ല ആ ഉം ഉം അത്രയേ ഉള്ളൂ ഒരിക്കൽ ആ ഒരു രണ്ടു മൂന്ന് ദിവസത്തിനിടയിൽ ആരോ ഭക്തന്മാർ ചെന്ന് ചോദിച്ചു സ്വാമി വലിയ മഹാത്മാവാണ് അവർ വന്നിരിക്കണു കാണാൻ പോയില്ലേ അപ്പൊ സ്വാമി പറഞ്ഞത് ആ ണണം പക്ഷെ ഞാൻ എങ്ങനെ കാണും എന്ന് ചോദിച്ചു സ്വാമി അപ്പൊ ഇവര് വിചാരിച്ചത് തിരക്കായിരിക്കും പോയി കാണാൻ പറ്റില്ല ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോവാം സ്വാമി എന്ന് പറഞ്ഞു അങ്ങനെയല്ല ഞാൻ അവിടെ വന്ന് എന്ത് കാണും കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സൂര്യനെ നേരിട്ട് കണ്ടു അത് കണ്ടതോടുകൂടെ എന്റെ രണ്ട് കണ്ണും പൊട്ടയായി പോയി ഇപ്പൊ ആ കണ്ണിനൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാണ് എന്ന് ആ ദൃഷ്ടിയിൽ ഗുരു കൃപ എപ്പോ ഒരു ജീവന് ഉള്ളിൽ വീണുവോ അതോടുകൂടെ ദൃഷ്ടിയിൽ ശൂന്യമായി പുറമേക്കുള്ള ദൃഷ്ടി ശൂന്യമായി അകമേക്ക് സത്യം കണ്ട് ആൾക്ക് ഇനി എവിടെ ആര് വലുത് ആര് ചെറുത് എവിടെ പ്രത്യേകത കാണാൻ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്നി ശുനിജൈവ സ്വഭാകേജ പണ്ഡിതാഹ സമദർശന ഒരേ വസ്തുവിനെ കാണുന്നവൻ ഇനി പ്രത്യേകമായി എവിടെ പോയി എന്തിനെ കാണുമെന്നാണ് അപ്പൊ ആ ദർശനത്തിൽ ദർശനസ്ഥിതിയിൽ സ്വരൂപത്തിൽ നിൽക്കുന്നവന് ജഗത്ത് മുഴുവൻ പരമാത്മ സ്വരൂപം ത്വം കൽപ്പ കവിഹി ദക്ഷാക്ഷ്യം എന്ന് വെച്ചാൽ സ്കിൽഫുൾനസ് എന്നാണ് അർത്ഥം കൗശലം ഗീതയിൽ കൗശലം എന്ന് പേര് യോഗ കർമ്മസു കൗശലം സാധാരണ കൗശലം എന്ന് വെച്ചാൽ സ്കിൽഫുൾനെസ് എന്ന് അർത്ഥമുണ്ടാവും പക്ഷെ എന്താണ് സ്കിൽഫുൾനെസ് ഒരു കർമ്മം ഭംഗിയായിട്ട് ചെയ്യേണ്ടതാണോ അങ്ങനെ ചെയ്യുന്നവർ എത്രയോ പേരുണ്ട് അവരൊക്കെ യോഗികളാണോ ദാക്ഷ്യം കൗശലം എന്നുള്ള വാക്കിൽ തന്നെ അതിന്റെ മർമ്മം കിടക്കണം എന്താണ് കൗശലം കൗശലം എന്നുള്ള വാക്ക് എവിടുന്ന് വന്നു കുശം കുശം എന്ന് വെച്ചാൽ ദർഭ പഴയ ആശ്രമങ്ങളിൽ വേദപാഠശാലയിൽ ഇപ്പോഴും അതെ നല്ല ഗ്രാമങ്ങളിൽ അഗ്രഹാരങ്ങളിലൊക്കെ പോയാൽ ദർഭ അവരവരുടെ സ്ഥലത്ത് തന്നെ ഉണ്ടാവും പരച്ചുകൊണ്ടുവരണം ദർഭപറിക്കാൻ ചെന്നാല് കൈ മുറിയും അത് വാളുപോലെയാണ് ദർഭ ഇപ്പോഴെ ദർഭ പായ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ മേത്ത് പിടിച്ചാൽ മേലെയൊക്കെ മുറിഞ്ഞു പോവും അപ്പൊ പഴയ കാലത്ത് ബ്രഹ്മചാരികളെ ദർഭ പറിച്ചുകൊണ്ടുവരാൻ പറഞ്ഞേക്കും അവർ ദർഭ വലിച്ചാൽ കൈ മുറിയും കൈ മുറിയാതെ ദർഭ വലിച്ചെടുക്കുന്ന ഒരു ബ്രഹ്മചാരിയാണെങ്കിൽ കൈ മുറിയാനും വാടിയ ദർഭ പറിച്ചെടുക്കുകയും വേണം അയാൾക്ക് കുശല എന്ന് വരും കുശാൻ ലാതി കുശല കുശപ്പുല്ല് എടുക്കുന്നു കൈ മുറിയുന്നുമില്ല അങ്ങനെയാണ് ഈ കുശലെന്നുള്ള വാക്ക് വന്നത് ആ വാക്കിനെ ഭഗവാൻ ഗീതയില് കൗശലം എന്ന് പ്രയോഗിച്ചു കുശപ്പുല്ല് പറിക്കുന്ന പോലെ കർമ്മം ചെയ്യുന്നവൻ ലോകത്തിൽ വ്യവഹരിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു പക്ഷെ ഒന്നിനും താൻ ചെയ്യണു എന്നുള്ള ഭാവമേ ഇല്ല ആ കർമ്മത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും റിയാക്ഷനും റിഫ്ലക്ട് ആക്ഷനും ഒന്നും വരണില്ല ഉള്ളിലൊന്നും സ്പർശിക്കണില്ല എല്ലാ പ്രവൃത്തികളും നടക്കുമ്പോഴും യാതൊന്നും സ്പർശിക്കാതെ ഇരിക്കുന്നവനാണ് കർത്താവല്ല അവൻ ആ അകർത്താവായി ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്യുന്നതാണ് ദാക്ഷ്യം ത്വം തു കൽപ്പഹ ദക്ഷഹ സുഭകോം കാണാൻ നല്ല അതെന്ത് സൗന്ദര്യം അലൗകികമായ സൗന്ദര്യം ലൗകികമായ സൗന്ദര്യം അലൗകികമായ സൗന്ദര്യം തപസ്സുകൊണ്ടുള്ള സൗന്ദര്യം തപസ്സുകൊണ്ടുള്ള സൗന്ദര്യത്തിനും ശരീരത്തിന്റെ സൗന്ദര്യത്തിനും വ്യത്യാസമുണ്ട് വാഗ്നികി രാമായണത്തിൽ ശൂർപ്പണക സുന്ദരിയായി വേഷം കിട്ടി വന്നു ഭഗവാൻ ചിരിച്ചു അതേ ഭഗവാൻ വേറെ ഒരു സ്ത്രീയെ കണ്ട് എന്തൊരു സൗന്ദര്യം എന്ന് പറഞ്ഞു അത്ര രാമായണത്തിന് അത് ഏത് സ്ത്രീയാ എന്ന് വെച്ചാൽ മുതുമുത്തശ്ശി പടുവൃദ്ധ ശബരി വായില് പല്ലില്ല തലയൊക്കെ നരച്ച് വെള്ളിക്കൊമ്പിയായിരിക്കണം ശരീരം പ്രവാതെ കതളി അഥ കാറ്റടിക്കുമ്പോ വാഴ പോലെ ശരീരം വിറയ്ക്കണം ആ സ്ത്രീയെ കണ്ട് ഭഗവാൻ പറയുന്നു സൗന്ദര്യം അതെന്ത് സൗന്ദര്യം ആ വയസ്സുകാലത്ത് പത്തെപത് വയസ്സ് തൊണ്ണൂറ് വയസ്സിൽ എന്ത് സൗന്ദര്യം എന്ന് വെച്ചാൽ തപസ്സുകൊണ്ടുള്ള സൗന്ദര്യം യൗവനത്തിന്റെ സൗന്ദര്യം വയസ്സാകുന്തോറ് ശിഥിലമായി പോകും തപസിന്റെ സൗന്ദര്യം വാർദ്ധക്യമാവുന്തോറും വർദ്ധിച്ചു വരും ഇവിടെ ഇദ്ദേഹത്തിന് തപസിന്റെ സൗന്ദര്യം അതുകൊണ്ട് താരുണ്യം വിട്ടുപോകാത്ത പോലെ ഇരിക്കും എപ്പോഴും തരുണനാണ് കവിർദക്ഷ സുഭഗോ അമൃത വായി തുറന്നാൽ അമൃതവാക്ക് അമൃത മധുരമായ വാക്ക് എന്നുള്ള അർത്ഥമല്ല വാക്ക് നമുക്ക് അമൃതാനുഭവത്തിനെ കൊടുക്കും അതുകൊണ്ട് അമൃത ഭാഷണഹാനികൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോ ആ വാക്ക് കേൾക്കുന്ന ആൾക്ക് സ്വരൂപാനുഭവത്തിനെ ഉണ്ടാക്കി കൊടുക്കുന്നത് സുഭഗോ അമൃത ഭാഷണ നർത്ത നേഹത്തെ കിഞ്ചിത് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല മഹർഷിയെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടുകൊണ്ടിരുന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതശര്യം നോക്കിയാൽ കാണാം ഒന്നും പ്രത്യേകിച്ച് ചെയ്യണില്ല രാവിലെ വന്നാൽ ആ കട്ടിൽ അങ്ങനെ ഇരിക്കുന്നു കുറച്ചു കഴിഞ്ഞാൽ ഗോശാലയിലേക്ക് നടക്കാൻ പോകുന്നു ആരെങ്കിലുമൊക്കെ ആളുകൾ വരും ചിലപ്പോ എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയും ചിലപ്പോ പറയില്ല പ്രത്യേകിച്ച് ഒന്നും താനായിട്ട് ചെയ്യണില്ല ചിലപ്പോ അടുക്കളയിൽ പോയി അവർക്ക് എന്തെങ്കിലും സഹായിച്ചു കൊടുത്താലായി പക്ഷെ കാര്യമായി ന കർത്താം ഈഹസെ കിഞ്ചിത് യാതൊന്നും ഈ അവതൂതൻ യാതൊന്നും ആഗ്രഹിക്കുന്നില്ല സ്ഥാനമോ മാനമോ എന്തെങ്കിലും കിട്ടണമെന്നോ പ്രത്യേകതകളോ ഒന്നുമില്ല എങ്ങനെ സഞ്ചരിക്കുന്നു ജഡ ഉന്മത്ത് പിശാചവത് ചിലരുടെ ഭാവത്തിൽ ഇയാളൊരു മന്ദബുദ്ധിയാണ് എന്ന് തോന്നുന്നു എന്താ ലോകത്തിന് അവതൂതന്മാരുടെ സ്ഥിതിയെക്കുറിച്ച് ലോകത്തിന് എന്തറിയാം അവധൂതനുള്ള വാക്കിന് തന്നെ അർത്ഥം അവധൂനം എന്ന് വെച്ചാൽ തുടച്ചു കളയാ കൊതറി കളയാണ് ഇദ്ദേഹം ശരീരത്തിനെ തന്നെ മാറ്റിവെച്ചിരിക്കുന്നു മായയെ തുടച്ചു നീക്കിയിരിക്കുന്നു അഹങ്കാരത്തിനെ ധൂലനം ചെയ്തിരിക്കുന്നു അഹങ്കാരത്തിന് ഉപേക്ഷിച്ചിരിക്കുന്നു ഇതൊക്കെ അവധൂത ശബ്ദത്തിന് അർത്ഥം ആത്മാനുഭവം ഉണ്ടായ അതിവർണ്ണാശ്രമി അദ്ദേഹം ബ്രാഹ്മണ പൂണൂലിട്ടുണ്ട് അപ്പൊ സന്യാസിയല്ല എന്നാൽ ഗൃഹസ്ഥനാണോ ഗൃഹസ്ഥനല്ല വാനപ്രസ്ഥനാണോ വാണപ്രസ്ഥനല്ല ബ്രഹ്മചാരിയാണോ ബ്രഹ്മചാരിയല്ല ഒരു ലക്ഷണവും കാണാനില്ല അലക്ഷ്യലിംഗോ നിജലാപതുഷ്ട ഒരു ലിംഗവും കാണാനില്ല അതിവർണ്ണാശ്രമി നിരാശ്രമി ഒരു ബന്ധവും ഇല്ല ഒന്നിനോടും ഒരു ബന്ധമില്ല കീഹിഞ്ചി ലോകത്തിൽ സഞ്ചരിക്കുന്നു അത്രേ ചിലർ പറയുന്നു മന്ദബുദ്ധി ഓ ചിലര് പറയുന്നു ഭ്രാന്തൻ ഉന്മത്തൻ ഓ ചിലര് പറയുന്നു പ്രേതം ആ വഴിക്ക് പോകരുത് ഏതോ ഭൂതമാണ് ജഡ ഉന്മത്ത് പിശാചവത് ജഡത്തിനെ പോലെ കാണിക്കും ചിലപ്പോ യാതൊരു വിധ വികാരവുമില്ലാതെ അല്ലെ ജഡഭരതൻ ഭാഗവതത്തിൽ ആ വഹിച്ചുകൊണ്ട് പോകുമ്പോ രാജാവ് ചീത്ത പറഞ്ഞു കളിയാക്കി പരിഹസിച്ചു ഒരനക്കമില്ല ചലൻ തന്നോടാണ് പറയണതെന്നുള്ള ഭാവമേ ഇല്ല ഡോ തൻ ജടമാണോ ചോദിച്ചു ശവമാണോ അതുവരെ ഒന്നും മിണ്ടിയില്ല അതാണ് ജഡ ഉമത്തനാണ് ഉന്മാദം പിടിച്ച ആളാണെന്ന് ചിലർ പറയും ഭ്രാന്ത് പിടിച്ച ആളാണ് പല മഹാത്മാക്കൾക്കും ആ പേര് കിട്ടിയിട്ടുണ്ട് ഭ്രാന്തൻ ചിലപ്പോ അവര് വേണമെന്ന് തന്നെ ഭ്രാന്തനെ പോലെ കാണിക്കും ഉന്മത്ത് പിശാചവത് പിശാചെന്ന് ശരീരം വിട്ടുപോയതാണ് പിന്നെ നടക്കുന്നതാണല്ലോ പിശാസ് അല്ലേ ശരീരമില്ലാത്ത മനുഷ്യനാണ് പിശാസ് ശരീരമുള്ള പിശാസാണ് മനുഷ്യൻ ജഡ ഉത്ത് പിശാചവത്തി അവരെ എന്തിനോട് യോജിപ്പിക്കണം എന്തിനോട് മൂക്ക് മൂകനെ പോലെ ഇരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സമൂഹം ഉപദ്രവിക്കില്ല കുറച്ച് അറിവുള്ള ആളാണെന്ന് കണ്ടാൽ സമൂഹം അവരെ ആചാര്യനായിട്ടെങ്കിലും ചിലപ്പോൾ ഉപയോഗിക്കും വേറെ വല്ല വിധത്തിലാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള ആൾ ഭംഗിയായി വസ്ത്രം ധരിച്ച് ഭിക്ഷയാജിച്ചാൽ ആളുകൾ പരിഹസിക്കും ചിലപ്പോ എവിടെയും കളവ് പോയാൽ ഇയാളാണോ എന്ന് പറയും ഭ്രാന്തനാണെന്ന് വെച്ചാൽ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല പുറകെ കൂടില്ല അതൊക്കെ ഗുണമുണ്ട് അതൊക്കെ കൊണ്ട ജട് ഉന്മത്ത് പിശാചപത്തി പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാജാവ് കണ്ടു മനസ്സിലാക്കി ആളുകൾ സാധാരണ ആളുകൾ അറിഞ്ഞിട്ടില്ലെങ്കിലും അവര് ജഡം ഉൻമത്തെ പിശാച്ച പോലെ തോന്നിയാലും ഈ യതു മഹാരാജാവിന് കണ്ടപ്പോ അറിഞ്ഞു ഇതാ ഇവിടെ നടക്കുന്നു ഒരു പൂർണ്ണ വസ്തു അതൊരു വ്യക്തിയല്ല പൂർണ്ണവസ്തു പരമാത്മസ്വരൂപം പരമാനന്ദ തുന്തിലനായിട്ട് നടക്കുന്ന ഒരു മഹായോഗി എന്ന് യതുമഹാരാജാവ് കണ്ടറിഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോ നല്ല പുഷ്പത്തിന് ചുറ്റും സുഗന്ധം എന്ന വണ്ണം ഈ ജീവൻ മുക്തന്റെ ചുറ്റും ശാന്തി അലയടിക്കുന്നു സമുദ്രത്തിൽ പോലെ ദേഹത്തിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ ബ്രഹ്മാനുഭവത്തിന്റെ തരംഗങ്ങൾ സമാധിയുടെ അനുഭൂതിയുടെ തരംഗങ്ങൾ അലയടിക്കുന്നു ചുറ്റും അഭിതോ ബ്രഹ്മനിർവാണം വൃത്തതേ വിദുതാത്മന രാജാവിനെ അടുത്ത് ചെല്ലുമ്പോ തന്നെ ആ പരമാനന്ദ അനുഭവം ഉണ്ടായതുകൊണ്ട് രാജാവ് ചോദിച്ചു ഭഗവാനെ ഞങ്ങളെയൊക്കെ അൽപ്പം കരുണയോടുകൂടെ നോക്കൂ ഞങ്ങളുടെയൊക്കെ സ്ഥിതി എന്താന്ന് വെച്ചാൽ സംസാരമാവുന്ന അഗ്നി ആടിക്കത്താണ് ജനേഷു ദഹ്യമാനേഷു കാമലോഭവഗ്നാം നപ്യസേ അഗ്നാമുക്തോ ഗംഗാഭസ്ത ഇവദ്വിപ കാട്ടിലെ കാട്ടുതീ പിടിച്ച് മരങ്ങളൊക്കെ കത്തിയേരിയുമ്പോ കാട്ടാന നദിയിലിറങ്ങി നിൽക്കണോ അത്ര ഈ തീയുടെ നടുവിൽ തന്നെ നദിയിലിറങ്ങി നിൽക്കുന്നത് കൊണ്ട് ഈ കാട്ടാനയെ തീ ബാധിക്കാത്തതുപോലെ ഈ സമൂഹത്തിൽ എല്ലാവരുടെ നടുവിലും കാമം കോരോധം ലോപം മോഹം മതം ആശര്യം എന്നുള്ള കാട്ടുതീ സർവത്ര പടർന്നു പിടിച്ച് കത്തുമ്പോ അതിന്റെ നടുവിലങ്ങ് അന്തശീതളയാ ബുദ്ധ്യ അതീവ ശീതളമായ ഹൃദയത്തോടുകൂടെ സമുദ്രവ ഗാംഭീര്യം സ്ഥൈര്യം മേരോരിവ സ്ഥിതി അന്തഃശീതളാഥ ഇന്ദോ ഇവോധേതി വിചാരിണ സമുദ്രം പോലെ ആഴം മേരുപർവതം പോലെ ബ്രഹ്മതത്വനിഷ്ഠയിൽ നല്ല പൂർണ്ണ ചന്ദ്രിക പോലെ ഉള്ളിൽ കുളിർമ്മയോടുകൂടെ വർത്തിക്കാൻ അവിടുത്തേക്ക് എങ്ങനെ സാധിക്കും ഗംഗാബസ്ത ഇവദ്പ പറയാമെങ്കിൽ പറയുക ത്വം ഹീനഃ പൃച്ഛതാം ബ്രഹ്മന് ബ്രൂഹി ആനന്ദ കാരണം ബ്രഹ്മന് ആത്മനി ആനന്ദ കാരണം ബ്രൂഹി സ്പർശവിഹീന കേവല അസ്പർശയോഗം എല്ലാവരുടെ നടുവിലിരുന്ന് സ്പർശമില്ല ഗൗഡബാദാചാര്യർ പറഞ്ഞു യോഗികളൊക്കെ ഇതിനെ പേടിക്കൂ എത്ര വെച്ചാൽ അവർക്ക് അല്പ അഹങ്കാരം വേണമെന്നുള്ള ആഗ്രഹമുള്ള യോഗികളാണെങ്കിൽ അവരിതിനെ ഭയപ്പെടും എന്നാണ് അസ്പർശയോഗോ വൈനാമ സർവസത്വസുഖാവഹ യോഗിനോ ബിഭ്യതേഹി അസ്മിൻ അഭയേ ഭയദർശന ഭയപ്പെടാൻ പാടില്ലാത്തതിനെ ഭയപ്പെട്ടുകളയും ചിലർ എന്താ എന്റെ വ്യക്തിത്വം പോയി പോകുമോ ഞാനില്ലാതായി പോകുമോ എന്നുള്ളൊരു പേടി ആ അസ്പർശയോഗം എന്ത് ചെയ്യുന്നു എല്ലാത്തിനും നടുവിൽ നിന്നും സ്പർശഹീനമായ സ്ഥിതി ആ അസ്പർശയോഗ സ്ഥിതിയിലിരിക്കുന്നു അതുകൊണ്ട് ആനന്ദമായി ദുഃഖ രാജാവിനെ അറിയണോ അപ്പൊ രാജാവ് എത്ര ഉയർന്ന ആളായിരിക്കണം എത് മഹാരാജാവ് പറയാണ് പ്രഭു അങ്ങക്ക് ഈ ആനന്ദം എവിടുന്ന് കിട്ടി ഞങ്ങളൊക്കെ ദുഃഖിക്കുമ്പോ അവിടുന്ന് മാത്രം എന്തുകൊണ്ട് ആനന്ദത്തോടെ ഇരിക്കും ചോദ്യം കേൾക്കുമ്പോഴേക്കും നീ തമാശയായിട്ട് തോന്നും നല്ല ആരോഗ്യമായിട്ട് ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്താ ഹാർട്ട് അറ്റാക്ക് വരാത്തത് നിങ്ങൾക്ക് എപ്പോ ക്യാൻസർ വരും എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ടാവും അതുപോലെയാണ് ഈ ചോദ്യം നല്ല ആനന്ദമായിട്ടിരിക്കുന്നത് നാച്ചുറൽ അല്ലേ അങ്ങനെയല്ലേ ഇരിക്കേണ്ടത് പക്ഷെ ഇന്നത്തെ ലോകത്തിപ്പൊ അതാണ് ആരോ എന്നുള്ള പറയണ്ടായിരുന്നു ഡയബറ്റീസ് വന്നാൽ നിങ്ങൾ മെജോറിറ്റിയുടെ കൂടെ ചേർന്നു എന്നാണ് അപ്പൊ ഡയബറ്റീസ് ഇല്ലാത്ത ആളുകൾ മൈനോറിറ്റിയാണ് സൂക്കട് ഇല്ലാത്ത ആളുകൾ മൈനോറിറ്റിയാണ് വാസ്തവം എങ്ങനെയാണോ വാസ്തവം സൂക്കടില്ലാതിരിക്കലാണ് നമ്മളുടെ യഥാർത്ഥ സ്വഭാവം എന്തോ അബദ്ധം കാരണമാണ് സൂക്കട് വരുന്നത് പക്ഷേ എല്ലാവർക്കും സൂക്കേട് വന്നു കഴിഞ്ഞാൽ സൂക്കേട് ഇല്ലാത്തവൻ സൂക്കേടുകാരനായി കുത്തപ്പെടും ഇനി കുറെ കാലം കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെയാവും ഒരു വയസ്സ് കഴിഞ്ഞ് ഡയബറ്റീസ് വന്നിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിൽ പോകും എന്താ ഡോക്ടറെ എനിക്ക് കുറെയായിട്ട് ഡയബറ്റീസെ കാണാനില്ല ചെയ്യും നമ്മള് മഹാബുദ്ധിശാലികളാണല്ലോ അപ്പൊ ചോദിക്കാണ് ഈ ആനന്ദം അങ്ങക്ക് എവിടുന്ന് കിട്ടി ബ്രഹ്മന് ആത്മനി ആനന്ദ കാരണം ബ്രൂഹി സ്പർശവിഹീന സ്പർശവിഹീനരായി അവിടുന്ന് ഇങ്ങനെ സഞ്ചരിക്കുന്നു ഭവതഹ കേവലാത്മനഹ ആരും കൂടെയില്ല അത് അന്നം തനിയെ താൻ മാത്രം കേവലാത്മനഹ എന്നുള്ളതിന് വേറൊരു അർത്ഥം എന്താന്ന് വെച്ചാൽ ഈസ് നോട്ട് അറ്റ് ആൾ കോൺഷ്യസ് ഓഫ് ദ അതർ അദ്ദേഹത്തിന് അന്യൻ എന്നുള്ള പ്രതീതിയെ ഒരിടത്തുമില്ല ഏകമേവ അദ്വിതീയം നേഹ നാനാസ്ഥിഞ്ച നാനാത്വം അൽപ്പം പോലും ഇല്ല എന്നുള്ളത് ഇറ്റ് ഹാസ് ബിക്കം ഹിസ് സ്റ്റേറ്റ് ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഹാസ് ബിക്കം ഹിസ് സ്റ്റേറ്റ് ഹിസ് ഇൻ ദാറ്റ് സ്റ്റേറ്റ് അന്യനെ കുറിച്ച് പട്ടണത്തിലാണ് നടക്കുന്നത് എന്നുള്ളതേ അറിയണില്ല അദ്ദേഹത്തിന് ജനകൻ പറയുന്നു ജനകനോട് ചോദിച്ചു അങ്ങയ്ക്ക് എങ്ങനെ ഈ സദസ്സിലിരുന്ന് കൊണ്ട് ശാന്തിയായിരിക്കാൻ കഴിയണോന്ന് ചോദിച്ചു അപ്പൊ അഷ്ടാവക്ര സംഹിതയിൽ ജനകൻ പറയുന്നു ഞാൻ സദസ്സിലൊന്നും ഇരിക്കുന്നില്ല എന്റെ സദസ്സിൽ ആളുകളേ ഇല്ല ഇവിടെ രണ്ടാമതൊരു വസ്തുവേ ഇല്ല അഹോ ജനസമൂഹേബി ന ദ്വൈതം പശ്യത്തോ മമ അരണ്യമ സംവൃത്തം ഈ ജനസമൂഹത്തിൽ പോലും ദ്വൈതമേ കാണാത്തവനായ എനിക്ക് ദ്വൈതം മുഴുവൻ വികളിച്ചു പോയിരിക്കുന്ന എനിക്ക് കൊടും കാട്ടിലിരിക്കുന്ന നിശ്ചലതയാണ് കൊടും കാട്ടിലിരിക്കുന്ന ഏകാന്തതയാണ് ഇവിടെ രണ്ടാമതൊരു വസ്തുവേ ഇല്ല എന്നാണ് അതാണ് ഈ അവധൂതന്റെയും സ്ഥിതി ആളുകളുടെ ഒക്കെ നടുവിലാണ് അദ്ദേഹം നടക്കുന്നത് പക്ഷേ ഈസ് നോട്ട് അൻ ഓൾ കോൺഷ്യസ് അബൗട്ട് അതേഴ്സ് എല്ലാം ഒന്നും ഇവിടെ ആളുകൾ ഉണ്ടോ അദ്ദേഹം നോക്കണേയില്ല അദ്ദേഹം സ്വരൂപസ്ഥിതനാണ് ഭവത കേവലാത്മന കേവലാത്മാവായി സഞ്ചരിക്കുക യാതൊന്നുകൊണ്ടും ബാധിക്കുമോ ചുറ്റും എന്തൊക്കെയോ അലയടിച്ചുകൊണ്ടിരിക്കുന്നു അതൊന്നും അദ്ദേഹത്തിന് സ്പർശിക്കുന്നില്ല പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്നു അന്യമായ വസ്തുക്കൾ അദ്ദേഹത്തിനില്ല വിഘ്നമില്ല അദ്ദേഹത്തിന് ദോഷദൃഷ്ടിയില്ല രാഗദ്വേഷങ്ങളില്ല അങ്ങനെ സ്വരൂപാനന്ദ തുന്തിലനായ അവതൂതനോട് സൗശീല്യ ഭാവങ്ങളൊക്കെ അറിയുന്നവനായ യതു മഹാരാജാവ് ചോദിച്ചപ്പോ േമ പ്രേമത്തോടുകൂടെ പ്രിയത്തോടുകൂടെ അവധൂതൻ രാജാവിനോട് പറഞ്ഞു ഇങ്ങനെ ചോദ്യം ചോദിച്ചാലേ അവരൊക്കെ വർത്തമാനം പറയുള്ളൂ അല്ലെങ്കിൽ അവരൊന്നും മിണ്ടുകയില്ല ചോദിക്കുന്ന ആൾക്ക് യോഗ്യത ഉണ്ടെന്ന് ആ ഹൃദയത്തിലുള്ള അനുഭൂതി വായിലൂടെ വന്നു പുറത്തേക്ക് തുറന്നു വായ അല്ലെങ്കിൽ അദ്ദേഹം വേണ്ടിയിട്ടുണ്ടാവില്ല അദ്ദേഹം അദ്ദേഹത്തിന് പാട്ടിൽ പോയിട്ടുണ്ടാവും രാജാവിന് യോഗ്യതയുള്ളത് ബ്രാഹ്മണ ഉവാച ബ്രാഹ്മണൻ പറഞ്ഞു സന്തിമേ ഗുരവോ ബ്രഹ്മൻ ബഹവോ ബുദ്ധിയുപശ്രിത യതോ ബുദ്ധിം ഉപാദായ മുക്തോ അതാമീഹ താൻ ശൃണു पृथिवीवायुराशम आपोग्निश्चंद्र रवि कपोजो अजगर सिंधु पतंगो मधुकृद मधुहा हरिणो मीन पिंगाकुरोंभक कुम शरकृत्सर्प ऊर्णरासुपेशो राजन चतुर्ंशतिराश्रिता ശിക്ഷാവൃത്തിഷാ അന്വശിക്ഷ മിഹാത്മന യുശിക്ഷാമി യഥാഹുഷാത്മജാം തഥാ പുരുഷവ്യാഘ്രാ നിബോധ കഥയാമി തേ പുരുഷശ്രേഷ്ഠനായ രാജാവേ അന്നേക്ക് ഞാൻ ഈ തത്വം ഉപദേശിച്ചു തരാം എനിക്ക് ഇരുപത്തിനാല് ഗുരുക്കന്മാരുണ്ട് ഭൂമി വെള്ളം വായു അഗ്നി വായു ആകാശം സൂര്യൻ ചന്ദ്രൻ ഒരു പ്രാവ് ഒരു മലമ്പാമ്പ് സമുദ്രം വിളക്ക് മഴ പെയ്തു അടുത്തേക്ക് വരുന്ന പാറ്റ തേനുണ്ടാക്കുന്ന വണ്ട് ആന തേനീച്ചയൊക്കെ ഒന്ന് വണ്ടുകൊണ്ടുപോകുന്ന ആള് മാന് മീന് പിങ്കള എന്ന് പറയുന്ന ഒരു വേഷ്യസ്ത്രീ ഒരു പരുന്ത് ഒരു കൊച്ചുകുട്ടി ഒരു കുമാരി കന്യക്ക ഒരു കല്യാണത്തിനായിട്ടുള്ള കുമാരി അമ്പുണ്ടാക്കുന്ന ഒരു ശരകൃത്ത് ഒരു സർപ്പം വലകു നൂച്ചുകൊണ്ടിരിക്കുന്ന ഒരു എട്ടുകാലി ചിലന്തി ഒരു ഭ്രമരം ്രമരം ഇങ്ങനെ ഇരുപത്തിനാല് ഗുരുക്കന്മാര് ഇരുപത്തിയഞ്ചാമത്തെ ഗുരു തന്റെ തന്നെ ശരീരം ഇങ്ങനെ ഇരുപത്തിയഞ്ചു ഗുരുക്കളിൽ നിന്നും ചിലതൊക്കെ അറിഞ്ഞ് തത്വനിഷ്ഠനായിട്ട് തീർന്ന് ഞാനിത് ആ ലോകത്തിൽ അവധൂതനായി സഞ്ചാരം ചെയ്യുന്നു എന്ന് പറയുകയാണ് ആ അവധൂത ചക്രവർത്തി യതുവംശ ചക്രവർത്തിയോട് ആ ബ്രഹ്മനിഷ്ഠ ചക്രവർത്തി ഇങ്ങനെ പറയാണ് ഈ ഗുരുക്കന്മാരെയൊക്കെ നാളെ ഓരോന്നായി നമ്മൾ എടുത്ത് കാണാം സർവത്ര ഗോവിന്ദനാമ സംകീർത്തനം ഗോവിന്ദ ഗോവിന്ദ